ആകാശവാണി സ്പൈസ് എഫ് എം അവതരിപ്പിക്കുന്നു രചന സംവിധാനം രവി അവലംബം ഷേക്സ്പിയർ കൃതികൾ ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും നമ്മൾ പേർ പറഞ്ഞ് പഠിക്കുകയാണോ ിലേക്ക് തുറച്ചു നോക്കി എത്ര നേരം വൈകാത്തിരിക്കുന്നു നാം ഇതെന്തിനാണിത് ഗവരുമെന്നറിയാനും ആരാണ് നമ്മൾ വ്ലാദിമിർ ശരി ആ കളി കളിക്കാൻ നമുക്ക് നേരം വ്ലാദിമർ എകൻ എന്നതിൽ പറഞ്ഞാൽ നീ ഏതാകും ബ്രോ ഞാൻ വ്ലാദിമിറാവും എനിക്കല്ലേ കൊറേശേ കഷണ്ടി ഉള്ളത് ഓ വ്ലാദിമർ കഷണ്ടിയാണ് തീർച്ചയില്ല പക്ഷെ പേർ കേട്ടാൽ തോന്നില്ലേ എത്ര നേരം കാത്തു നിൽക്കും നമ്മൾ പ്രേതം വരുന്നത് ഇങ്ങനെ മടുത്തതിൽ എങ്ങനെയാണ് നമ്മുടെ ഹാംലെറ്റ് അയച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ വന്ന് അങ്ങനെ നിൽക്കുന്നത് രാജകുമാരൻ ആണെങ്കിലും നമ്മളെ ഒപ്പം പഠിച്ച ചങ്ങാതി അതെ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒറ്റുനോക്കുന്നത് തന്റെ അച്ഛനെ കാണാൻ അയാളുടെ പ്രേതത്തിന് നല്ല രസികൻറ്റാണ് ഇപ്പൊ അല്ലെ കോച്ചി കളിക്കുന്നു നിന്റെ പല്ലി കിടുകിട ഇടിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പന്തികേടില്ലേ ഞാൻ അതൊന്ന് വിവരിക്കുമ്പോൾ ലീ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ കഥയിൽ എന്താണ് പിശക് എന്നങ്ങോട്ട് പിടികിട്ടുന്നതേയില്ല ഞാൻ വിവരിക്കാം അത് ബ്രോ ഈ പ്രേതത്തിനെ ശരിക്കും കണ്ടുവെന്ന് കാവൽക്കാരാണിടുന്നുണ്ട് മരിച്ച രാജാവിന്റെ വേഷത്തിലാണത് വന്നത് അതായത് കണ്ടാലറിയാമത് മൂപ്പറുടെ പ്രേതമാണ് ഇവർ വാളൊങ്ങിയും വീശിയും അതിനെ തുരക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടിച്ചിരിച്ചു കക്കി കക്കിച്ചിരിച്ചു ബാക്കി ഞാൻ പറയാം ഒപ്പം നമുക്ക് ചുഴിഞ്ഞാലോചിക്കുകയും ചെയ്യാം ശരി ഈ നട്ടപ്പാതിരയ്ക്ക് മൂപ്പർ നടക്കാനിറങ്ങുന്നത് ാണ് എന്ന് മാത്രമേയുള്ളൂ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ അയാൾ ശരി നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് സംഗതി അന്വേഷിക്കാൻ നമ്മളെ വിടുന്നു അതത്രയും ശരി പക്ഷേ എന്തുകൊണ്ട് ഹാംലറ്റ് എന്തുകൊണ്ട് നമ്മളോട് അത് തന്നെ ചെയ്യാനാവശ്യപ്പെടുന്നു അതായത് പ്രേതം നേരെ അവന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നാൽ അതിനെന്തോ പറയാനുമുണ്ട് എന്തോ ഉദ്ദേശമായിട്ട് തന്നെയാവണം അതിവിടെ ചുറ്റിത്തിരിയുന്നത് എന്നാൽ ഈ തണുപ്പത്ത് ഒന്നും കുടിക്കാതെ കാശ്മഥൻ അവനാണ് പ്രത്യേകം മാശി പിടിച്ചത് നമ്മളൊന്നും കുടിക്കാതെ വേണം നോക്കി നിൽക്കണമെന്ന് ഇതിലും ഭേദം നിൽക്കുന്നതായിരുന്നു ഞാനാണ് ക്ലാദിമർ നീ ഹലോ ലോറൽ ഹലോ ആരാണ് ഞാനാണ് പ്രേതം എന്നെയാണ് നിങ്ങൾ ഇതുവരെ കാത്തു നിന്നിരുന്നത് എന്താണതിന്റെ തെളിവ് നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു എന്നതിനോ അല്ല അല്ല പ്രേതം നിങ്ങളാണെന്നതിന് അതെന്റെ ആക്സിന്റെ കേട്ടാൽ തന്നെ അറിയില്ലേ എന്താണ് ഇനി ഐ കൂടെ കൊണ്ടു എന്നുണ്ടോ പ്രേതങ്ങളും നല്ല തമാശ അല്ലേ ഒമ്പതാന് തന്നെ വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ എന്ത് വ്യത്യാസമുണ്ടെന്നാണ് ഞങ്ങളെപ്പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത് ഓ ഹോ ഹോ ഹോ ഞാനത് മറന്നു ഓ ഇന്നലെ ഡൌൺലോഡ് ചെയ്തിരുന്നു ഞാൻ പുതിയൊരു ആപ്പേ ആപ്പല്ല ആപ്പ് ആപ്പ് എ ആപ്പ് അതാണ് ശബ്ദം നിങ്ങളുടേതുപോലെ തന്നെ ആയത് ആ അത് രൂപവും മാറ്റിക്കണം അതെ നിങ്ങൾ കണ്ടാലുണ്ടല്ലോ ഇപ്പോൾ പ്രേതമാണെന്ന് തോന്നില്ല ചിലർ ഇങ്ങനെയാണ് വെറുതെ കണ്ണിൽ കണ്ട ആപ്പ് എല്ലാം വാങ്ങും എന്നിട്ടെന്താണ് കയ്യിലുള്ളതും കൂടി കളഞ്ഞു അതെ ബ്രോ ഈ ആപ്പ് കാണാത്തവൻ ആപ്പ് വാങ്ങുമ്പോൾ ഈ ആപ്പ് കാണാത്തവൻ ആപ്പ് വാങ്ങുമ്പോൾ ആരെങ്കിലും ചെയ്യുമോ ഇത് പ്രേതത്തിന്റെ രൂപവും ശബ്ദവും ഒക്കെ ഉണ്ടായി കിട്ടാനാണ് ആളുകൾ സ്വതവേ കഷ്ടപ്പെടുക ഇവിടെ ഈ മണ്ണൂസം പ്രേതം പെട്ടെന്ന് ചോദിക്കാം കക്ഷിയുടെ കാര്യം എന്താണ് ഉറക്കം ആണെങ്കിലും തോന്നുന്നു തണുപ്പ് ഹലോ എനിക്ക് പ്രേതം എന്തോ പറയാനും ഉള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ ചുറ്റിത്തിരുന്നതെന്ന് മനസ്സിലായി അതെന്താണെന്ന് പെട്ടെന്നങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങോട്ട് പറയാം അതായത് എനിക്ക് എന്റെ മകനോട് ഒരു രഹസ്യം പറയാനുണ്ട് പക്ഷേ അവന്റെ അടുത്തേക്ക് നേരിട്ട് പോകാൻ എനിക്കാവില്ല അല്ല അതിനൊരു കാരണവുമുണ്ട് ഈ എഡിപ്പസ് കോംപ്ലക്സ് എന്നൊരു ഒരു പ്രശ്നം അവനുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു സ്വന്തം അമ്മയോടുള്ള പ്രേമം അവനെ അസ്വസ്ഥനാക്കുന്നു ഏ ഇതെല്ലാം ആരും പറഞ്ഞു നാണമുണ്ടാവില്ലല്ലോ ഇങ്ങനെ ഓരോന്നെല്ലാം ശ്രദ്ധിക്ക ഞാൻ തന്നെത്താൻ മരിച്ചതല്ല എന്ന് എല്ലാവർക്കും സംശയമുണ്ട് എന്ന് എനിക്കറിയാം ഇപ്പോൾ എന്റെ ഭാര്യയെ ആസ്വദിക്കുന്ന ആ നീജൻ അവൻ അവൻ ഞാൻ ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ ചെവിയിലൊരു മാരക വിഷം ഒഴിക്കുകയായിരുന്നു ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുക കണ്ടാൽ പറയില്ലോ നിങ്ങൾ അത്ര കാരണമാണെന്ന് ശരി അതത്രയും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വെക്കാം എന്നാൽ ഹാംലറ്റ് എന്തിനാണ് ഇങ്ങനെ അമ്പം വിട്ടിരിക്കുന്നത് എപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് തോഴൻ ഒരു പക്ഷെ അച്ഛനെ കൊന്നതാണെന്ന് ആ ആദ്യ ആവാം ഇവിടെ എന്തോ ചീഞ്ഞു മാറുന്നുണ്ട് എന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാം ആവാം അതല്ല രസം അവസരം കിട്ടിയിരുന്നെങ്കിലേ അവൻ ചെയ്യുമായിരുന്നു ഇത് എന്നെ എന്നെ കൊല്ലുമായിരുന്നു വിഷവാതകം ശ്വസിപ്പിച്ചോ കഴുത്ത് ഞെക്കിയോ അത്ര പ്രേമമല്ലേ അവൻ ആ യക്ഷയോട് തിരക്കേടില്ലല്ലോ നല്ല രസീകാൻ കുടുംബം അച്ഛൻ പ്രേതം ആ മയച്ചി അത് മാത്രമല്ല ബന്ധുങ്ങൾ എന്ത് ഫ്രീ അപ്പോൾ ശരി എന്റെ പ്രേതം ഈ വിവരം ഞങ്ങൾ അവിടെ അറിയിക്കാം കേട്ടോ അതായത് പുത്രനെ രാജാവിനോട് പ്രേതം കാരണം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നും ഉണർത്തിക്കാം ഇടന്ന് ഉറങ്ങാമെന്നോ പുനരാതായിരം എന്റെ മേളിൽ നിന്ന് ഓ ഗവർണമാരെ നിങ്ങളോട് ഓർക്കൊന്നും പറഞ്ഞിട്ട് ഈ പയ്യാലും പറയാനല്ലേ പൊതുങ്ങിയിരുന്നത് അവിടെ പറഞ്ഞിട്ടല്ലേ ഞാൻ കാത്തി കയറുന്നതിയെ കുണ്ടങ്ങളെ ഈ കുണ്ടങ്ങളെ നാക്കുന്നതിയെ സോളിലക്കി എന്ന് പറയും അത് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുക റേഡിയോ പ്ലേ എന്ന മാധ്യമത്തിനാണെന്നും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഹാംലറ്റ് എന്ന ആ പഹനാണ് എല്ലാം കൊടുത്തത് നല്ല ഭാഷയിൽ എഴുതിയ നല്ല വരികളെല്ലാം കവി അയാൾക്ക് കൊടുത്തു വിഷണ്ണനും അസ്തപ്രജ്ഞനും ഇതികർത്തവ്യ താമൂഢനും ആയിരിക്കെ തന്നെ അയാൾ നന്നായി സംസാരിക്കുന്നുണ്ട് വിശേഷിച്ച് ആത്മഭാഷണം ആത്മഭാഷണങ്ങൾ മനസ്സിലായിരിക്കുന്നു ഇത് എന്റെ സ്ഥലവും കാലവുമല്ല നാടകവും വേറെയാണ് പക്ഷേ ദുസ്വാതന്ത്ര്യമെടുക്കുകയാണ് ഞാനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല ഞാൻ േഡി മാക്ബദ് അങ്ങനെയാണ് എല്ലാവരും എന്നെ വിളിക്കുക എന്താണ് എനിക്ക് സ്വന്തമായ ഒരു പേർ വേണ്ടേ ഗ്രൗഡ് ഹേ ആ പേരൊന്നും എനിക്കിഷ്ടല്ല ഞാൻ സിൽവിയ ആവാം നല്ല പേരല്ലേ സിൽവിയ കവിതയൊക്കെ എഴുതിയ ഒരു സിൽവിയ ഉണ്ടല്ലോ വേറെയല്ലേ അപ്പടാ चूड़ी चुर। नाम मूव दुर्मंद्रवा दुर्मंद्रवा हिंद नीता एयान भयंकरम ഭീകരം ഭയങ്കരം ഭീകരം ഭയങ്കരം ഭീകരം ഭയങ്കരം ഭീകരം ഭയാനകം ഭയാനകം ഭയാനകം ഓ എന്തോരിരുട്ട് ഇത്ര ഇരുട്ടുള്ള ഒരു രാത്രി ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ കൊച്ചു കൈകൾ ലോകത്തിലെ സകലമായ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും പോന്റെ കയ്യിലെ ചോരക്കറ നോക്കുക കണ്ടാൽ എത്ര മനോഹരം എന്തൊരു മാർദ്ദവം പൂവിതൾ പോലെ എന്നെല്ലാമല്ലേ വർണ്ണിക്കുക കൈകളാണ് കൊലപാതകം ചെയ്തതെന്ന് ആരും വിശ്വസിക്കും ഓ ഞാൻ അങ്ങനെയൊന്നും മാഴില്ല എന്തിന് എന്തിനും ഞട്ടണം നോക്കുക കുറ്റം ചെയ്യാനുള്ള വാസന എല്ലാവർക്കും ഉള്ളതല്ലേ എന്റെ കൈകൾ പൂപോലെ മൃദുലമാണെന്ന് കരുതി എനിക്ക് കൊല്ലാതിരിക്കാൻ പറ്റുമോ എനിക്കും ചെയ്യേണ്ടേ പാപം ഞാൻ എത്ര പിൻവലിയും എത്ര തന്നെ ഒതുക്കിവയ്ക്കും ഒരു സ്ത്രീയല്ലേ ഞാൻ ജലദോഷമുണ്ട് ചുമക്കണം അതാ ക്ഷമിക്കണം ക്ഷമിക്കണം ത്വര വാഞ്ച ആസക്തി എല്ലാം സ്വാഭാവികമല്ലേ പോലെ ഓരോ പെണ്ണിനുമുള്ളതാണിതെല്ലാം സമൂഹം വെറുതെ ഹിസ്റ്റീരിയ എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു എന്ന് മാത്രം ബേബി അത് ഉറങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിലാവ് എന്റെ അഭിനിവേശത്തെ ഉണർത്തുന്നു എന്തിന് എന്തിന് എന്തിന് ഞാൻ സ്വയം ഒതുക്കി വെക്കണം എനിക്ക് എന്റെ മുക്തി മൂർച്ച മോക്ഷം തന്നെ മുഖ്യം എന്റെ വികാര പ്രകടനങ്ങൾ പ്രദർശനങ്ങൾ പ്രകമ്പനങ്ങൾ നേരിടാൻ കേൽപ്പില്ലാത്തത് കൊണ്ടല്ലേ ആണങ്ങളെ ആനങ്ങളെ എന്നെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടത് എന്റെ പാദങ്ങൾ ചെറിയ ചെരുപ്പുകളിൽ തിരികെ നിർത്തി എന്നെ ഓടിപ്പോവാൻ കഴിയാത്ത കേട്ടിട്ടുണ്ടോ നിങ്ങൾ നീണ്ട കഴുത്താണ് പെണ്ണിന് അഴകെന്ന് പറഞ്ഞ് വളയങ്ങളിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കും ഈ ആണുങ്ങൾ കൂടുതൽ വളയങ്ങളിടുന്നതിനനുസരിച്ച് നീളം കൂടിക്കൊണ്ടിരിക്കും കഴുത്തിന്റെ എന്നിട്ട് എന്താണ് എന്നെ മടുത്താൽ അല്ലെങ്കിൽ എന്നോട്ന്തെങ്കിലും പക തോന്നിയാൽ ആ വളയങ്ങളിൽ മൂന്ന് നാലെണ്ണം അഴിച്ചെടുക്കുന്നതും എന്റെ കഴുത്ത് ഒടിഞ്ഞു വീഴും എന്തിനു കൊള്ളും പിന്നെ എന്നെ എന്തെങ്കിലും പറ്റുമോ എനിക്ക് ചാവുകയല്ലാതെ ചാവുകയല്ലാതെ ചാവുകയല്ലാതെ നാടകകൃത്ത് സെക്സച്ച് തന്നെ സംശയമില്ല അയാൾ ഉദ്ദേശിക്കാഞ്ഞിട്ടും സ്വയം നന്നായിപ്പോയവരായിരിക്കും മിക്ക പെൺ കഥാപാത്രങ്ങൾ മിറാണ്ട പെർഡിറ്റ് ഹെർമിയോൺ പൊലീന ബിയാങ്കയെല്ലാം രസികൻ പേരുകൾ പക്ഷേ സുന്ദരി ബൊമ്മകൾ തന്നെയല്ലേ മിക്കവരും ഞാനൊഴികെ ഈ സൗന്ദര്യം ആർക്കും ആസ്വദിക്കാൻ നൽകാതെ പട്ടടയിലേക്കെടുത്താൽ അത് പാവം എന്ന് വയലാണോ പറയുന്നത് പ്രേമിക്കാൻ കൂട്ടാക്കാത്ത ഒലീവിയ എന്ന പ്രഭിയോട് ആണോടുക്കും മനസ്സിലായോ ലോകമേരാളിയെവിടെ എന്നിട്ടെന്താണ് സ്വപ്നത്തിൽ പോലും ഒരു പുരുഷനടുത്തെത്തിയാൽ ഞാൻ ആകെ ചകിതയാവും മേലാസകലം വിറകൊള്ളും എന്റെ തൊണ്ടവരുളും അണച്ചും കീതച്ചും ഞാൻ ആകമാനം തളർന്നതുപോലെ കുഴഞ്ഞു വീഴും ഓ ഹാർമോൺസ് ബേബി एन्दीने? एन्दीने െ ഇറങ്ങിപ്പോവാൻ വരട്ടെ ഹാംലറ്റ് നിൽക്കൂ എനിക്ക് സംസാരിക്കാനുണ്ട് നോക്കൂ അവനോട് നിൽക്കാൻ പറയൂ ഞാൻ പറഞ്ഞു കേൾക്കില്ല എന്താണ് ഹാംലറ്റ് പരിഹസിക്കുകയാണോ നീ എന് എന്നെ ഒന്ന് വെറുതെ വിടാമോ എനിക്ക് നിങ്ങളുടെ പരിഹാസത്തിലൊന്നും ഒരു താല്പര്യവുമില്ല എനിക്ക് താല്പര്യമുണ്ട് ഹാംലറ്റ് ഉത്തരവാദിത്തവും എന്നോടുള്ള ദേഷ്യത്തിന് നീ യൂണിവേഴ്സിറ്റി വിട്ടുവന്നു എന്നാൽ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നീ രാജകുമാരനാണെന്ന കാര്യം കൂടി മറന്നാണ് നിന്റെ നീ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല ഞാൻ പക്ഷേ നിന്റെ പെരുമാറ്റം വളരെ വിചിത്രമായിരിക്കുന്നു നിന്നെ അറിയുന്നവർ പറയുന്നുണ്ട് നീ വല്ലാതെ മാറിയിട്ടുണ്ടെന്ന് അതിനിടയിൽ പറഞ്ഞില്ലേ ഒരു കാര്യം അതിനെക്കുറിച്ചും സംസാരിക്കാം വരട്ടെ സംസാരിക്കാം പക്ഷേ ഇവിടെ നിന്ന് മാറണം ആദ്യം എന്നാൽ മാത്രമേ ഞാൻ അല്ലെങ്കിലും എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഓമനെ രാജ്യഭാരം കാണാം നമുക്ക് ഒരിക്കൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഹാംലറ്റ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ആണെന്ന് വിചാരിച്ച് ഒരു റെഡിമേഡ് ക്ലോത്ത് വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ പിന്നെ ശരിക്കും പകൽ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ അത് വെറും കാക്ക കറുപ്പാണെന്ന് കണ്ടു അതുകൊണ്ട് ഗുണമുണ്ടായാലോ മൂപ്പർ തീപ്പെട്ടപ്പോൾ അതല്ലേ അണിഞ്ഞിരുന്നത് രാജ്ഞി ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല ഹാംലറ്റ് വാങ്ങിയത് തെറ്റിപ്പോയെങ്കിലും ഞാൻ ഇപ്പോഴും അതിൽ ബ്ലൂ ടിഞ്ച് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അത് വെറും കറുപ്പല്ല എന്ന് നല്ലതാണ് കറുപ്പ് ഇനിയും വാങ്ങിവെക്കാം ദുഃഖാചരണം ഇനിയും വേണ്ടിവരും കൊല്ലുമോന്നി ഇയാളെ നോക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ദുദ്ധം വാഴ്പയറ്റിനൊക്കെ വിളിച്ചു നോക്കാം എന്തായാലും പൂന്തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ചെവിയിൽ വിഷമൊഴിക്കലും ഒരിക്കലും അദ്ദേഹം മറ്റൊരാൾ കാണുക ഉറങ്ങിക്കിടക്കില്ല അങ്ങനെ ഹാംലറ്റ് ആലോചിക്കാൻ കൗതുകമുണ്ട് എന്തുകൊണ്ട് കാതിൽ ഒഴിച്ചു എന്തോ രസമാണോ ഒഴിച്ചത് ഒന്നും നോക്കാൻ സമയം തരാതെ പെട്ടെന്ന് സംസ്കരിച്ചു കളഞ്ഞല്ലോ എന്താണ് നിനക്കും ഹോംസ് കളിക്കേണ്ടിയിരുന്നോ എന്ത് സൗകര്യം കൂടി എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുകയേയില്ല നീ അല്ലേന് നിങ്ങളുടെ വ്യക്തത നോക്കൂ ഹാംലറ്റ് നീ ഒന്ന് മുതിരാൻ നോക്ക് വളരെ എന്റെ അച്ഛൻ മരിച്ചു അച്ഛനെ ആരോ കൊന്നു അമ്മ വേറെയാളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിരുമ്പിക്കൊണ്ടിരിക്കാൻ നീ എന്താ ഒരു താരിളം പൈതലാണോ ട നീ എന്തെല്ലാം ചീത്ത വിളിച്ചാലും ഞാൻ നിന്റെ അമ്മ തന്നെ പിന്നെ ഒരാളെ ഒറ്റ ഒരാളെ സ്വന്തമായി ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല വേറെന്തെങ്കിലും നല്ല കുട്ടിയാണവൾ കുറച്ചമ്പരപ്പുണ്ടെന്നേ ഉള്ളൂ വായിച്ചിട്ടുണ്ട് കുറെ ലാരിറ്റസ് അവനുവേണ്ടി വാങ്ങിയ പുസ്തകങ്ങൾ അവളും പഠിച്ചു ശരി അതിനെന്താണ് അല്ല ഒഫീലിയ സുന്ദരിയുമാണ് അവളുടെ താടിയിലെ ആ അരിമ്പാറ എടുത്ത് കളയണം എന്ന് മാത്രം അതത്ര നല്ല ലക്ഷണമല്ല ഞാൻ അതിനുവേണ്ട ഏർപ്പാട് ചെയ്തു കൊടുക്കാം ഇതെല്ലാം എന്നോട് പറയുന്നു ഇതാണ് പ്രശ്നം ഹാംലറ്റ് ഈ ശങ്കയാണ് നിന്റെ കുഴപ്പം നിനക്ക് അവളോട് ഇഷ്ടമാണ് നീ പ്രേമലേഖനം കൊടുത്തിട്ടും കൂടിയുണ്ട് അതാണ് ആ പൊളോണിയോസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇതിനൊന്നും എന്തിന് പ്രേമിക്കാനോ ഇങ്ങോട്ട് നോക്കൂ ഹാംലറ്റ് നിനക്ക് ഞാൻ ധാരാളം ഇഷ്ടം പോലെ പാടുള്ളതിലധികം തന്നിട്ടുണ്ട് സ്നേഹം നിനക്കത് വളരെയധികം വേണ്ടിയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്റെ സ്നേഹം പങ്കുവച്ചു പോകുന്നത് നിന്നെ ചോദിപ്പിച്ചു ഇപ്പോഴും അത് തന്നെയാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം നീ എന്റെ മകനാണ് ഹാംലറ്റ് അത് മനസ്സിലാക്കണം പിന്നെ ഞാനൊരു സ്ത്രീയാണ് എനിക്ക് വേണ്ടത് എന്തെല്ലാമാണെന്ന് എനിക്കാണറിയുക അദ്ദേഹം നിന്റെ അച്ഛൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്നെങ്കിലും ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ എന്റെ ഒരു ഉത്സാഹമാണ് എല്ലാവർക്കും ഒഫീലിയ എന്ന് നമ്മുടെ ഫ്രണ്ട് എങ്ങനെ ക്രൈസിസ് കാരണം വിഷമിച്ചിരിക്കുമ്പോ കുറച്ചുപേരെ വിളിച്ചു കൂട്ടിയൊരു വോയിസ് കോൺഫറൻസ് നടത്താം എന്നത് എന്റെ ആശയമായിരുന്നു വധുവേ ഞാൻ കൊഡീലിയ ലായ രാജാവിന്റെ മകൾ പ്രിയപ്പെട്ട മകൾ എന്ന് എനിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയതെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഹാമലറ്റ് രാജകുമാറിന്റെ സ്വീറ്റ് ഹാ ഞാനാ ഈ ഒഫീലിയ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയുള്ളൊരു ആവൽ ഘട്ടത്തിൽ അന്യ നാടകങ്ങളിൽ നിന്നുള്ള നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഗേൾസ് നാല് പെണ്ണുങ്ങളിൽ ഒരാൾക്ക് ശങ്കയുണ്ട് നിന്റെ ശബ്ദം ബ്യൂട്ടിഫുൾ പെണ്ണാണ് നല്ല ശബ്ദമാണോ എന്റെ ജോലി താങ്ക് യു ഞാൻ സാധാരണ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് എങ്ങനെയാണ് കേട്ടോ ഇതാണ് കേൾക്കാൻ ശബ്ദം ഒരു പ്രത്യേകതരം ശബ്ദം ഉം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നോ എന്നൊക്കെ പറഞ്ഞാൽ പോയി ഞാൻ ഇങ്ങനെ കേൾപ്പിക്കാൻ പറ്റോ ഫോൺ ആയാലും ആരായാലും ഫോൺ േ എന്റെ ഉപയോഗിക്കില്ല എന്നേല്ലോ ചീത്തവാസന ഒന്നുമില്ലല്ലോ തിങ്കിങ് എങ്ങനെ നിൽക്കും നമ്മളിവിടെ വോയിസ് കോൺഫറൻസ് ആയിട്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ ഇരിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ ജൂലിയറ്റ് നിൽക്കുന്നിടത്ത് തന്നെ ആവും അല്ല ഫോൾ ആരും വിളിച്ചില്ല നിങ്ങളെങ്ങോട്ട് പിന്നെ എന്തിനാണ് സാരല്ല കോഡിലിയ അയാൾക്ക് എന്തെങ്കിലും പറയാണ്ടാവും വെറുതെ ആരും വലിഞ്ഞു കയറി വരില്ലല്ലോ അനേ അവിടെ നിന്നോട്ടെ ഒന്നുമില്ലെങ്കിലും ഒരു ഫോണല്ലേ ചിലപ്പോ ആവശ്യം വരും ഞാനല്ല ഇപ്പോൾ വന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാമാണ് വന്നത് നല്ല സൂത്രം തർക്കിക്കുന്നു നോക്കുകയാ ഇത് ഞങ്ങളുടെ ചാറ്റാണ് ഞങ്ങൾ തുടങ്ങിയത് അതിലെങ്ങനെ നിങ്ങളാദ്യം ഉണ്ടാവും എന്നെ കൊടുത്താ പോവായിരിക്കും പക്ഷെ ചേച്ചി എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട ജോലിയെ നമ്മളൊക്കെ ഒരേ ഒപ്പമല്ലേ എനിക്ക് തോന്നുന്നത് ഒരു സ്ലീവ് പോലെയാണ് ഈ ഫൂൾ എന്നാണ് കോടിയിൽ വന്നപ്പോൾ കൂടെ പോകുന്നു സ്ലീവ് അങ്ങ് ഓർക്കില്ലേ ഒരു അടിമ അത്ര പോലെ അടിമ എന്നൊക്കെ പറഞ്ഞ് പുലിവാല് പിടിക്കണ്ടാതം മാറിയില്ലേ എനിക്ക് തീരെ പോരാട്ടോ ഈ വേഷം അലറാനോ അട്ടാസിക്കാനോ ഒന്നും ഇല്ലാതെ ഒരു രസമില്ല ഞാൻ പോവാൻ പറയണം അയാളുടെ എന്നാണോ ഓ അയാളാണ് നിന്നോണ്ട് ജോലി അധികം കൊഞ്ചണ്ട ജോലിയെ അങ്ങോട്ടിയാണോ നീ ഒന്നല്ലേ അതിപ്പോ ഞാൻ വിചാരിച്ചാൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല പിന്നെയല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് ശരി ശരി ശരി മിണ്ടാതിരുന്നാൽ മതി കേട്ടോ ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് എനിക്കറിയാവോ െ എന്തൊക്കെയാണ് ഇയാൾ ഈ പറയുന്നത് പക്ഷെ ആരും പേടിക്കണ്ട ആളാണെന്നേ ഉള്ളൂ നമ്മളെ ഒന്നും സംശയിക്കണ്ട അപ്പൊ നമുക്ക് തുടങ്ങാം എന്താണാവോ എന്നെ ആരും ശ്രദ്ധിക്കാത്തത് ഞാൻ എന്നെ പറ്റി സുന്ദരി സുശീല സുഭദ്ര സുമിത്ര എല്ലാം കൂടി ആയിപ്പോയതാണ് എന്റെ പ്രശ്നം തോന്നുന്നു ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അബദ്ധമായല്ല അത്ര പ്രേമുണ്ടായി അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ പോയത് പക്ഷെ പൊസീവ് അതുപോലെ സംശയം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഓരോ വ്യാഖ്യാനം ഞാൻ ഏകദേശം നരകത്തിലാണെന്ന് വരെ തോന്നിച്ചിരുന്നു ഭർത്താവുണ്ടെങ്കിലുള്ള ഒറ്റ ഗുണം അയാൾ പ്രസന്റബിൾ ആണെങ്കിൽ അയാളുടെ കൂടെ സെൽഫീസ് എടുത്ത് പോസ്റ്റ് ചെയ്താൽ നമ്മുടെ ബോയ്ഫ്രണ്ട്സ് കാമുകന്മാർ ജനസായിക്കോളും എന്നതാണ് ഞാനുണ്ടല്ലോ ഫീൽ ചെയ്യാം എനിക്കിത്ര ചുരുക്കിയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ശ്രമിക്കാം അതിന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ സാരില്ല കോടീ പറയട്ടെനി അല്ലെങ്കിലും എനിക്കെത്ര രസമുള്ള ഒന്നുമില്ല പറയാൻ പ്രേമിക്കുന്ന ആ തന്നെയാണ് ഭേദം അപ്പോഴത്തെ ഒന്നും കൂടി കിട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അവർ ഫോൺ ഇത് ഞാനാണ് അപ്പോ ഒരു ദിവസം അച്ഛൻ ഞങ്ങൾ ത്രീ ഗേൾസ് മക്കളെ അടുത്തേക്ക് വിളിച്ചു അച്ഛനോട് എത്ര സ്നേഹമുണ്ട് ഓരോരുത്തർക്കും എന്ന് പറയാൻ പറഞ്ഞു ഇതെന്ത് ഇതൊക്കെ പറയണോ ഇങ്ങനെ അതും അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല അത്ര ഇല്ലേ ഉള്ളൂ എന്നിട്ട് ലോർഡ് പെൺമക്കളോടൊപ്പം കഥയില്ലേ ഞങ്ങളെ അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ അച്ഛൻ ഞങ്ങൾ മൂന്നാളെയും മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു ർക്കാണ് അധികം സ്നേഹം എന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം ഭാഗ്യം ഓരോരുത്തരും കണക്ക് പറയണം എനിക്കൊന്നും പറ്റില്ല എനിക്ക് അവനോട് പ്രേമാണോ പ്രണയാണോ എന്ന് കൂടി എനിക്കറിയില്ല എനിക്കാണ് ഭയങ്കര ഇഷ്ട അതന്നെ അത് അവനിന്റെ കുട്ടി ഇത് അച്ഛനല്ലേ എന്നാലും വല്ലാത്തൊരച്ഛൻ ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനവിളെ കൊല്ലുമായിരുന്നു അല്ലെ കണക്കെന്ന് വെച്ചാൽ വർണ്ണിച്ചാൽ മതി ഉദാഹരണത്തിന് കടലിന്റെ ആഴത്തോളം ആകാശത്തിന്റെ നീലിമയോളം രാത്രിയുടെ പറ്റി കൃത്യമായി റൂമ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൊടുക്കും നീ അയക്കുന്നത് ഞാൻ ഉമ്മ മാത്രോ പ്രാവിന്റെ കയ്യിൽ അയക്കോ ഓ അതൊക്കെ പറ്റി ഉപയല പ്രാവിന്റെ കൊക്ക് കണ്ടിട്ടില്ലേ റൊമാന്റിക് പിന്നെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു താഴെ വരും അതായത് ആരും കാണാതെ വേണ്ടത് അത് മുന്നേ ആവാം അച്ഛന്റെ ഈ കഥ കഴിഞ്ഞിട്ട് ശരി അപ്പോൾ എന്റെ ചേച്ചിമാർ രണ്ടാളും വർണ്ണന തുടങ്ങി കൽപ്പാന്തോളം ചക്രവാള സീമകൾ കപ്പുറം അഗാധ നീമ ഇതെന്താണിതൊക്കെ ഓക്കെ ഉത്തങ്ക ശൃംഖം അവസാനം എന്റെ ഊഴമായി ഞാൻ ആദ്യം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല പിന്നെ അച്ഛൻറെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോ എന്തെങ്കിലും പറയണ്ടേ ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് സീ സോൾട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മേശമേൽ അതുകണ്ട് ഞാൻ അത്ര ഇഷ്ടമാണ് അച്ഛനോട് എനിക്ക് എന്നങ്ങോട്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല ഡാർക്ക് അവിടെ ഞാൻ അറിയുന്ന ഒരാൾ വിറ്റർ കഴിക്കും അത് ഇഷ്ടം പോലെ എനിക്ക് എനിക്ക് ജീവിതത്തിൽ ആകെ ഒരിക്കലാണ് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടു തന്നിട്ടുള്ളത് പിന്നെ എന്താണ് ധാരാളം ഭയങ്കര ആണല്ലേ എനിക്ക് റെഡ് വൈനാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കിയിരുന്നു എപ്പോഴാണ് കോക്ടൈൽ പേടിയുണ്ട് പിന്നെ ഞാൻ അത് എളുപ്പമാണല്ലോ കുറച്ച് ട്രയൽഡർ ഒരുനക്കം മിക്സ് ചെയ്ത് നോക്കും ഞാനും ഒരാൾക്ക് ഇഷ്ടം പറയുന്നത് കേൾക്കാൻ നല്ല രസം ഞാനിത് പറഞ്ഞു തീർക്കാം ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് സീ സോൾട്ട് എനിക്കിഷ്ടമായിട്ടായിരുന്നില്ല പക്ഷെ പിന്നെ എല്ലാരും എനിക്കത് കൊണ്ടുവന്ന് തരാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും അതൊക്കെ അച്ഛന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ക്രോണിക് ഡയബറ്റിക് ആയതുകൊണ്ട് കൊതിയുണ്ടാവുമല്ലോ അച്ഛന് ഒരു കാലം സ്ലോ സ്ലോ പോയി പോലെയാവും എന്ന് തോന്നുന്നു നീ മിണ്ടാതിരിക്കൂ ഫുൾ പിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ട എന്ന് വെച്ചു അച്ഛന് വേണ്ടി അയാളെ നോക്കാൻ ഇതൊക്കെ ആര് ചെയ്യും ഏറ്റവും പ്രിയപ്പെട്ട മകൾ എന്നൊരു പേര് വീണ് പോയില്ലേ പറ്റൂ ഒരു ചുമറിയില്ല അതിപ്പോ കഴിഞ്ഞിട്ടു ഞങ്ങ അത് ഭയങ്കര അമൂല്യം അത് സംഭവിക്കുകയാണ് ഉണ്ടാവുക നിങ്ങളെപ്പോലെ പ്രാവുകൾ എപ്പോഴും ചെയ്യുന്നത് ഇല്ല അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് കിട്ടാൻ ആറ്റനോട്ട് കാത്തിരിക്കണം എന്നാ അങ്ങോട്ട് എടുത്തു നിങ്ങളെ പോലെയല്ല അതിനൊരു സന്ദർഭം വരണ്ടേ ജൂലിയറ്റ് സേന നായകനല്ലേ അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രം സംശയിക്കാനായിരുന്നു എനിക്ക് ഒരാളിൽ നിന്ന് കിട്ടിയാൽ തറക്കെടലെന്നുണ്ട് പക്ഷെ എന്റെ പേടിയും അതിനു മുമ്പ് ഉലീവിയ ചെയ്തുകളെയും അതെന്നാണ് ക്യാരക്ടറുള്ള യുവ കോമളനല്ലേ ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമുക്കൊരു ദിവസം പോവാട്ടോ ബയോളായുള്ള സ്ഥലത്തേക്ക് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാം ഉണ്ടാവും അത് അല്ലെ ചുംബനമോ അത് ഈ ജന്മം ഉണ്ടാവുമോ എന്നതിന്റെ സംശയമാണ് എനിക്ക് എന്തിനു ശങ്കയല്ലേ എന്റെ പ്രിയതമന് ചുവിനുവിനോ ചുവിനോടെ ഒരു രാജകുമാരനെ കാണണമെന്ന് രാജ്ഞി പറയുന്നു ആ കാണുന്ന മേഘം ഒരു ഒട്ടകം പോലെയല്ലേ ോ ശരിക്കും നിങ്ങൾക്കറിയാമല്ലേ ഒരു എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടാലൊരു ശരി എന്നാ ഞാൻ വരാം ആയമ്മക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഏ അങ്കിൾ നിങ്ങൾ എന്തേ ഇഷ്ടപ്പെടുത്താനൊന്നും നോക്കിയില്ലേ അവരെ ഒരിക്കലും എന്നിവരെയും നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കാണമെന്ന് രാജാവ് അത്രകത്തിനുള്ളിൽ നാടകം എന്ന് എന്റെ പരീക്ഷണം മുടക്കാനായിരിക്കുമല്ലേ ഈ രക്ഷിതാക്കളുടെ ശ്രമം ഞാൻ സംസാരിച്ചു കൂടാത്തതാണ് സാരമില്ല താങ്കൾ താങ്കളുടെ മകളെ പ്രേമിക്കുന്നവനാണ് ഞാൻ എന്നറിയാത്ത ആരുണ്ട് ഇവിടെ ഒരാളുണ്ട് ആര് ആ മേഘം നമ്മൾ അവസാനം കണ്ടപ്പെട്ടോ ഹാംലറ്റ് അവിടെ നിൽക്കൂ ഒരു നിമിഷം എന്നെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു വന്നു നോക്കുമ്പോ നിൽക്കാൻ പറയുന്നു ഒന്ന് ക്ഷമിക്കൂ മകനെ എനിക്ക് നിൽക്കാനൊന്നും എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തീർത്താൽ എനിക്ക് പോയിട്ട് കളിയാക്കണ്ട നീ അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് വിളിപ്പിച്ചത് നിന്നെ ഗിൽഡ്സ്റ്റേൺ റോസിൻ ക്രാൻസ് നിങ്ങളും ഉണ്ടല്ലോ ഇവിടെ അല്ലേ അദ്ദേഹം കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു നിമിഷം കാത്തു പറഞ്ഞത് അദ്ദേഹം ഒന്ന് പി ചെയ്തു വരാമെന്ന് പറഞ്ഞു പോയതാണ് ഇപ്പോൾ വരും നോക്കൂ എനിക്ക് ഒരു ദേഹത്തെയും കാണണ്ട പി ചെയ്ത് അർമാദിക്കട്ടെ വെറുതെയല്ല സകലരും പറയുന്നത് ഇവിടെ എന്തോ ഞാൻ പോയി നോക്കി വരാം നിങ്ങൾക്ക് പോകാം ഹാംലറ്റ് നീയും നിന്റെ കൂട്ടുകാരും ഒരു നിമിഷം കാത്തിരിക്കൂ നമ്മുടെ നാടകത്തിൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇവർക്ക് ആകാംക്ഷയാണ് ആശങ്ക അതുപോലെ ആശയക്കുഴപ്പം നാടകം കണ്ടാലാണ് അവർ അന്താളിക്കാൻ പോകുന്നത് എനിക്ക് വേറെ ഒരു സംശയമുണ്ട് നമ്മുടെ പ്രേതം അതായത് മരിച്ചുപോയ നമ്മുടെ മനസ്സിലായി എന്റെ അജ്ജൻ അജ്ജൻ അജ്ജ് ഈ പ്രേതം നമ്മുടെ നാടകം അരങ്ങേറുന്ന നേരം നോക്കി തക്കം പാർത്തിരിക്കുകയാണോ എന്നൊരു സംശയം എന്താണ് നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല ഞങ്ങൾ ആലോചിച്ചപ്പോൾ സൗകര്യമാണല്ലോ പ്രക്കത് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ നാടകത്തിലേക്ക് അങ്ങ് ഇടിച്ചു കയറുക എല്ലാവരും നാടകമാണെന്നുള്ളത് വിചാരിക്കൂ സാധ്യതയുണ്ട് ശരിയാണ് ഈ പ്രേതങ്ങൾക്കും അശരീരികൾക്കുമൊക്കെ എന്തും ആകാമല്ലോടെ അവരെ നിയന്ത്രിക്കാൻ ആർക്കുണ്ട് അധികാരം അധികാരമില്ല എന്നല്ല സാധ്യമല്ലല്ലോ ഒരു അശരീരിയോട് പാടില്ല എന്ന് വിലക്കാൻ പറ്റില്ലല്ലോ പാടില്ലെന്നല്ല പറ്റില്ല പാടുകയുമില്ല അശരീരിമാർ അതീതരാണ് അവർ അതീതരായത് കൊണ്ട് മാത്രമല്ലല്ലോ സഖാവേ നമുക്ക് നിയന്ത്രണം അസാധ്യമാണ് അവരുടേത് വേറൊരു ലോകമാണ് ഈ ലോകത്തിൽ തന്നെയാണെങ്കിലും മറ്റൊന്ന് ഓ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ അതിന്റെ പേരിൽ നാടകത്തിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ ഊഹിച്ചതുപോലെ ആ ശരിക്കുള്ള പ്രേതം ഇടപെട്ടാൽ നമ്മുടെ കഥാപാത്രം പ്രേതത്തിന് ഒരു ബുദ്ധിമുട്ടാവില്ലേ പിന്നെ അവനല്ലെങ്കിൽ തന്നെ ഒരു ലോലനാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് തടയാനേ പറ്റില്ല അല്ലേ പ്രേതത്തിന് അങ്ങനെയൊരു സാധ്യതയുണ്ടെന്നേ പറഞ്ഞുള്ളൂ ഞങ്ങൾ അതെ തീർച്ചയാക്കണമെന്നില്ല ആലോചിക്കുന്നവർ അത് അങ്ങനെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത കഷ്ടം ക്രൈസിസ് മാനേജ്മെന്റ് എന്ന ടെക്സ്റ്റ് തുറന്നു നോക്കുകയേ ഉണ്ടായില്ല ഞാൻ പഠിക്കുമ്പോ രാജകുമാരൻ ക്ഷമിക്കണം എന്താണിപ്പോൾ നിങ്ങളുടെ രാജ്ഞി പി ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ല നിങ്ങളെ പറഞ്ഞയച്ചിരുന്നതല്ലേ വീണ്ടും വിളിപ്പിച്ചു ആയമ്മ അവർ അങ്ങോട്ടല്ലേ പോയത് ഞാൻ ഇപ്പുറത്തുനിന്നല്ലേ വരുന്നത് അവിടെ ഒരു അരൂപി വന്ന് കാത്തു നിൽക്കുന്നു രാജകുമാരനെ കാണാം അത്രേ മേഘമാണോ തിമിങ്ങലം പോലെ വരണം മരക്കാരാണത്ര ഭ്രാന്താണ് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ ദാത ചികിത്സിക്കണം കേട്ടോ പിശാജെ രണ്ടോ വീട് എവിടെ എന്റെ അനാഘ്രാത കുസുമും ഞാനതൊന്നുമല്ല എന്ന് വെച്ച എന്താണ് ചിചി എന്നുവെച്ചാൽ പറഞ്ഞു തരണോ ഞാൻ കൊടിയ ഒന്ന് പറഞ്ഞു തരാവോ എന്നുവെച്ചാല് അർത്ഥം ആരും ഇതുവരെ ഇതുവരെ ഇതുവരെ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത എന്നല്ലേ അപ്പയും പ്രാപിക്കുകയോ എന്നും പറയാം അതാണോ എന്ത് വിചാരിച്ചു നീ കൊടീലിയുടീല ചേച്ചിയുടെ ഒരു നമുക്ക് രംഗമിടാം കോടീലിയ ഈ ആണുങ്ങളൊന്നും ശരിയല്ല മോളെ രണ്ട് പെണ്ണുങ്ങളൊപ്പം നിൽക്കുന്നത് കണ്ടാൽ സഹിക്കില്ല അവർക്ക് ചേച്ചി ലസ്പിയൽസ് എന്ന് കളിയാക്കും നമ്മളെ അവർ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനെ നാം കണ്ടുമുട്ടുമെന്ന് സങ്കല്പിച്ചത് പോലുമില്ല അല്ലെ ബിൽ നല്ല സലൂൺ അല്ലേ ഇത് അതെ അതെ നല്ല ബഹളമില്ല വൃത്തിയും മര്യാദയുമുണ്ട് ഷേക്സ്പിയർ എന്നല്ലേ പേര് അതെ അതെ താങ്കളെനിക്ക് കാണണമെന്നുണ്ടായിരുന്നോ മാറലോ കാണെന്ന് എനിക്കറിയാമായിരുന്നു തീർച്ചയായും ആലോ തീർച്ചയായും നമ്മൾ ഒരേ ആളാണെന്ന് വിശ്വസിക്കുന്നവർ കൂടിയുണ്ട് അതിന് അവർക്ക് ന്യായമുണ്ട് അന്ന് രണ്ടാളും അറുപത്തിനാലിൽ ജനിച്ചവർ അതെ അതെ അറുപത്തിനാലിൽ ജനിച്ചവർ അതും ഏകദേശം ഒരേ നാട്ടിൽ ഒരേ നാട്ടിൽ കവിത പോയതാവാ ഓ സെവൻ ആയിരിക്കുമ്പോൾ ഞാനൊരു ഭൂജ് ബഹത്തിൽപ്പെട്ടു പിന്നെ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു മരിച്ച് ചരിത്രത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ ക്രിസ് ഞാനുമായി ധാരണയായിട്ട് പിന്നെ എന്റെ പേരിൽ നാടകം എഴുതാൻ തുടങ്ങി എന്നാണ് കഥ അതിനു മുമ്പ് ഈ ഷേക്സ്പിയർ ഒന്നും എഴുതിയിട്ടേയില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു അതെ മാത്രമല്ല എനിക്ക് ലോക വിവരമൊന്നുമില്ല ക്രിസ് ആവട്ടെ സൗകര്യത്തിൽ ജീവിച്ചു പഠിച്ചിരുന്നു ലോകം ചിറ്റിയിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും തോന്നും അതിൽ വാസ്തവമുണ്ടെന്ന് ൊരിക്കലും ആ ട്രാജഡീസ് എഴുതാൻ പറ്റില്ല എന്നാണ് ചില അതെ ഡോക്ടർ എഴുതിയല്ലോ ക്രിസ് ട്രാജഡീസ് എഴുതുക മാറുമല്ലാതെ മറ്റാർ എന്റെ കഥാപാത്രമാണല്ലോ എന്ന് കേട്ടിരുന്നില്ല അന്ന് അല്ലെ വേണ്ടിയിരുന്നു ഒരു നാടകത്തിൽ അല്ലെ പൂക്കളെ നിങ്ങൾ എങ്ങോട്ടാണ് വെള്ളത്തിൽ വീണ് ഒലിച്ചു പോകുന്നത് നീ എവിടെ വരെ ഇങ്ങനെ ഒഴുകും എന്നെയും കൂടെ കൊണ്ടുപോവാമോ നമ്മുടെ ഒഫീലിയ ക്രിസ് അവൾക്ക് ഭ്രാന്താണ് നിങ്ങളുടെ ഈ സൗമനസ്യ എന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത് അതെ അവൾ ആരുടേതാണെന്ന് തർക്കമുള്ളിടത്തോളം ഞാൻ ലോകം ചുറ്റുന്നവനാണെന്ന് പറഞ്ഞില്ലേ ബിൽ ഒരിക്കലും ഒരു സുൽത്താൻ ഞാൻ അയാളോട് പറഞ്ഞു അയാളുടെ ഒരു കങ്കുതാൻ അത്യസുന്ദരിയാണെന്ന് അയാൾ പറയുന്ന എന്നോട് എടുത്തോളൂ ക്രിസ് എന്നായിരുന്നു അവളുടെ പേർ അറിയില്ല നല്ല പേരായിരിക്കും മിക്കവാറും സുന്ദരിമാർക്ക് ചേരുന്ന പേർ വേണം എന്ന് തോന്നുന്നു നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എഴുതുമ്പോൾ എനിക്ക് ഈ മെലനിയ എന്ന പേർ നല്ല ഇഷ്ടമായി ഓ ഓ അവൾ ആ ട്രം ഓർ കരുതുന്ന ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയ എന്നതിന് പകരം നമ്മളെ മെലാനിയ എന്ന് വിളിക്കണമായിരുന്നു വായിക്കുമല്ലേ ക്രിസ്മറ്റ് തന്നെ തൻ ശീലിച്ചതാണ് വായിക്കാൻ പിന്നെ സംഗീതവുമായുള്ള ബന്ധം ഞാനെപ്പോഴും ഒരു യൂക്ലിയിൽ വാങ്ങി കയ്യിൽ വയ്ക്കും സുന്ദരിമാർക്ക് സമ്മാനിക്കാൻ ഈ ശിഷ് എന്നൊരു തിങ്കർ അയാളും സ്ലോവാനിയ എന്ന രാജ്യത്ത് നിന്നാണല്ലേ വലിയ ആണെന്നാണ് മൂപ്പരുടെ വിചാരം സ്ലോവാനിയ നമ്മുടെ രണ്ട് സുന്ദരി കഥാപാത്രങ്ങൾ അടുത്ത മേശയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ കണ്ടു കണ്ടു കണ്ടു കൃത്യമായിട്ടുണ്ട് ഞാൻ ആ മേശ നമുക്ക് സുഖമായി ഒളിഞ്ഞു കേൾക്കാം അവർ എന്താണ് പറയുന്നത് അതെ നമ്മളാണല്ലോ ഇവർക്കൊക്കെ എഴുതിയ മതിയുള്ള നമുക്കാണ് പ്രയാസം മുഴുവൻ അതേ വയല എന്നതിൽ ഏതൊക്കെയാണ് ഞാനെന്നാണ് ഇപ്പൊ എനിക്ക് സംശയം അത്രയ്ക്കും ആലോചിച്ചു നോക്കൂ ലിവിയ ഞാൻ ആൺവേഷം കിട്ടി കഴിയുകയാണ് ഒസിനോ എന്ന് പറഞ്ഞ ഈ കോമ്പന്റെ കൊട്ടാരത്തിൽ അയാളുടെ സഹായി എനിക്ക് അയാളോട് പ്രേമമുണ്ട് അയാൾക്ക് ക്രഷുള്ളതാവട്ടെ നിന്നോടോ ലിവിയ നിനക്ക് പ്രേമലേഖനം എഴുതി തന്നുവിടുന്നത് എന്റെ കയ്യിൽ നിനക്കാണെങ്കിൽ അയാൾ ഇഷ്ടമേ ആരോടും പ്രേമം തോന്നാത്ത ഒരു അപാര വനിതയാണ് ഞാനെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നീ അത്രയ്ക്ക് വേണ്ട പഴേക്കും വരട്ടെ പതുക്കെ പതുക്കെ നിനക്ക് പ്രേമം തോന്നി തുടങ്ങിയാണ് ഒരാളോട് ആരോട് എന്നോട് അല്ലാതെ അയ്യേ നിന്നോടോ ഇതൊന്നും അറിയാതെയാണോ ഫാദ്യം നീ പറഞ്ഞത് നമ്മുടെ റൂൾസ് കഷ്ടമാണെന്ന് അപ്പോ ഇപ്പോഴോ ഓ വായല്ല എനിക്ക് വയ്യ കേട്ടോ പിന്നെ ഒരു സാധനം നമ്മുടെ റൈറ്റർ നമ്മൾ സുന്ദരിമാരെ എല്ലാം ഒരേപോലെ പ്രേമിക്കുന്നുണ്ട് എന്നതാണ് അതുതന്നെയാണോ അവസാനം നമ്മുടെയെല്ലാം ഭാഗ്യം എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത് പറയാം പറയൂ പറയാമെന്ന് പറഞ്ഞില്ലേ ശരി പറഞ്ഞാ മതി ഒഫില്ല ഞാനൊന്ന് ഞാൻ ഞാൻ നിന്റെ ഞാനൊന്ന് നിന്റെ മടിക്കള വേണ്ട അതെന്താ തെറ്റാണോ ഞാൻ പോകും ഇല്ല നിന്റെ അച്ഛനെ ഞാൻ കൊന്നു അതായത് അമ്മയുടെ മുറിയിൽ തിരിച്ചിരയ്ക്ക് പിന്നിൽ ഒരു അനക്കം കണ്ടപ്പോ ഞാൻ വാളു ഒരു ഒറ്റക്കൊത്ത് അത് മറ്റവനായിരുന്നില്ല നിന്റെ അച്ഛനായിരുന്നു इन्द इन्द दे दे एनिके, एनिके ോ അങ്ങനെ എന്തറിയാം കയറപ്പറ്റി എന്നാലും എന്ത് ചെയ്യുകയായിരുന്നു അച്ഛൻ അവിടെയാവോ അത് ഞാനും അത്ഭുതപ്പെട്ടു ശരിക്കും കൊന്നു അച്ഛനെ ശരിക്കും കൊന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല ഓഫീലിയ പല പ്രാവശ്യമായി ഞാനിത് സ്വപ്നം കാണുന്നുണ്ട് സംഭവിക്കും എന്ന് തന്നെ തോന്നാറുണ്ട് വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കേണ്ട എന്തേ എനിക്കൊരച്ഛനല്ലേ ഉള്ളൂ എനിക്ക് എനിക്ക് പുതിയ കിട്ടിയെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഓഫീലിയ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഇന്നലെ കണ്ടപ്പോ നിന്റെ അച്ഛൻ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഇപ്പോൾ എന്താണ് വായിക്കുന്നത് രാജകുമാരൻ എന്ത് പറഞ്ഞു മേഘങ്ങൾ ഞാനെപ്പോഴും മേഘങ്ങളെ നോക്കിയിരിക്കുന്നു വായിക്കുന്നു മനസ്സിലാക്കുന്നു അപ്പോ ഞാൻ ചോദിച്ചതോ എന്ത് അതുണ്ടല്ലോ ഒഫീലിയ എന്റെ അമ്മയ്ക്ക് ഒരു മകളില്ല നിനക്കാവട്ടെ അമ്മയുമില്ല അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു പാരസ്പര്യമുണ്ടോ ആര് അമ്മയോട് ചോദിച്ചു നോക്കിയോ ഇതെപ്പോഴെങ്കിലും തർക്കം പറയാനെല്ലാം നല്ല ഉത്സാഹമാണ് പക്ഷെ വേറെന്തെങ്കിലും വേണ്ടി വന്ന തുടങ്ങും ശങ്ക ഞാൻ എന്ത് ചെയ്യുന്നില്ലെന്നാണ് ഓഫീലിയ ആ തടിച്ചും പറയുന്നു എനിക്ക് ശങ്കയാണെന്ന് എന്ത് ശങ്ക എവിടെ ശങ്ക എപ്പോ ശങ്ക എനിക്കൊന്നും അറിയില്ല എന്നാലും അയ്യേ ഇങ്ങനെയാണോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുക അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങളോട് ആദ്യം എന്ത് മടി മടിയിൽ കിടക്കട്ടെ എന്തൊരു മര്യാദ ഞാൻ പോണം ചോദിച്ചിട്ടാണോ എല്ലാരും മടങ്ങി കിടക്ക് എന്നിട്ട് എന്തിനാണാവോ വായിക്കാനാണ് ഏ ഒരു കാര്യം കൂടെ ഹിന്ദി എന്നൊരു ഭാഷയുണ്ട് അതിലുള്ള ഒരു ഫിൽ അതിൽ നിറയെ ഡിമ്പിൾസ് ഉള്ള ഒരു ഗേളുണ്ട് സോൾജിയർ സോൾജിയർ എന്ന പാട്ടും പാടിക്കൊണ്ട് അവളൊരു പ്രത്യേക രീതി നടക്കുന്നുണ്ട് അത് കാണണം ഓഫീലിയ നിനക്ക് അങ്ങനെ പറ്റുമോ ഇതാ വരുന്നു ഞാൻ പോണു ഒന്നുമില്ല പ്രത്യേകിച്ച് കണ്ടപ്പോഴൊന്ന് വിളിച്ചു എന്നേയുള്ളൂ സുഖമല്ലേ നിനക്കോഫീലിയസുഖൊന്നുമില്ല വാടിയിട്ടുണ്ട് നീ ധാരാളം ഇലകളും പൂക്കളും പഴങ്ങളും എല്ലാം കഴിക്കണം കുട്ടി നമുക്ക് ആരോഗ്യം വേണം ഞാൻ ശ്രദ്ധിക്കാം എന്താണ് ഒരു ലജ്ജ ഇന്നും മടിയിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചോ അവൻ പിന്നെയോ നുണുക്കുഴിയുള്ള ആരോ സൂൽ എന്ന് പറഞ്ഞു കണ്ടില്ലേ ഞാൻ എപ്പോഴും പറയാറില്ലേ അമ്മയെയാണ് അവന് വേണ്ടത് നിന്നെ കണ്ടാലും അമ്മയായി തോന്നുന്നെങ്കിൽ എന്താണതിനർത്ഥം അവൻ വളർന്നിട്ടില്ല എന്നല്ലേ എന്തൊരുമേഷമാണ് വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും അമ്മയോടവന് പ്രേമമാണെന്നാണ് കണ്ടുപിടുത്തം ഇതാരും ശ്രദ്ധിക്കില്ല അവൻ കാമുകിയോട് മടിയിൽ കിടക്കട്ടെ എന്ന് ചോദിക്കുന്നത് എങ്ങനെ എരിവും പുളിയുമുള്ള കഥയല്ലേ വേണ്ടത് ഏവർക്കും ഓ ഞാൻ അറിയാതെ അല്പമലറിപ്പോയി അല്ലെങ്കിൽ നീ പോയിക്കോളൂ പിന്നെ കാണാൻ നിന്നെ ഞാൻ ഞാൻ പോന്നു പാവ കഥയുണ്ടാക്കുന്നവർക്ക് പക്ഷേ സൗകര്യമായി അവൾക്ക് അപസ്മാരും അവൻ അന്താളനും ആദ്യമായിട്ടാണ് ഒഫീലിയ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുന്നത് അല്ലെ അതാണ് ഇനി തലയില്ലേ തല അത് ആകെ പോലെ കറന്നതുപോലെയൊക്കെ ഇല്ല ശരിയായിക്കോളും വേഗം ജൂലിയറ്റ് മുമ്പും ചെയ്തിട്ടുണ്ടാവും കുറെ അല്ലെ ഓ ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ഇതൊരു ശീലമാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജ് ഉണ്ട് പറഞ്ഞു തരാൻ ഞാൻ വലക്കെ നോക്കാം പക്ഷെ ജൂലിറ്റ് എന്താണ് സംശയം അല്ല ഇപ്പൊ നമ്മൾ ഇവരെ കാണാൻ വരുന്നു വയല ഉലിവ്യവരെ ഇവർ ശരിക്കും ഏത് കാലത്തിലാണോ ഉള്ളത് എന്നൊക്കെ ചിക്ക് ചെയ്തിരുന്നു ഞാനതൊന്നും നോക്കില്ല എന്തായാലും ട്രാവൽ ചെയ്യണം ഇപ്പോൾ ഇതാ നേരെ ഇവരുടെ സ്ഥലത്തേക്കും കാലത്തിലേക്കും എത്തില്ലേ നമ്മൾ കണ്ടില്ലേ അതാ ആ നടക്കുന്നതാണ് േ അപ്പോ ഇയാളെയാണ് നമ്മുടെ വയല അതെ നമ്മുടെ വയലെ വയളെ ഓഹിലേ അവൾ എന്ന് പറയുമ്പോ ഏയ് ഇങ്ങനെ മന്ത്രിച്ച് ബുദ്ധിമുട്ടണ്ട നമ്മളെ കാണുന്നില്ല അവർ വാ പ്രകാശത്തിലേക്ക് പോവാം നമ്മളിങ്ങനെ ഇറങ്ങിരിക്കുന്നു അതെ അതെ വായിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ശീലമാകണ്ടേ അതങ്ങോട്ട് ശരി ശരി പോവാം അവർ അങ്ങയുടെ ആരാധികയല്ല പ്രഭു അങ്ങ് അവരുടെ ആരാധകനാണ് അപ്പോൾ അവൾ അവർ എന്താണ് പറയൂ വേഗം എഴുതിട്ടെ ഞാൻ എന്റെ പുതിയ പ്രേമലേഖനം ആരാധന വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവൾ അങ്ങയുടെ ആരാധനാ പാത്രമാണ് പാത്രം അയ്യേ അത് വേണ്ട അല്ലെങ്കിൽ പ്രേമഭാജനം എന്നും അത് മതി പ്രേമഭാജനം ഒലീവിയേമഭാജനമേക്കിട്ടില്ല അല്ലെ ശരി പ്രഭു ഒലീവിയ സംഗീതമെന്ന ഈ മഹാസാഗരത്തിൽ സദാ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈയുള്ളവന് നിന്നോട് ഇത്രയും ഭയങ്കരമായ പ്രേമം തോന്നിയതിൽ സംഗീതത്തിന് തന്നെ അത്ഭുതം ശരി പ്രഭു വെറുതെ ശരിയെന്ന് പറയാതെ പയ്യൻ എങ്ങനെയുണ്ടെന്റെ സാഹിത്യം അങ്ങനെ ചോദിച്ചാൽ പ്രഭു സംഗീതം എന്ന മഹാസാഗരം ചർവിത ചർവണമാണെങ്കിലും ക്ലീഷ അത് ക്ലീഷയാണെങ്കിലും സഹിക്കാമെന്ന് വയ്ക്കാം പക്ഷേ ആ മുങ്ങിത്താഴൽ ഒട്ടും ശരിയല്ല മുങ്ങിത്താഴ് പടില്ല അതായത് അങ്ങ് ആസ്വദിക്കുകയാണല്ലോ ഈ മഹാസാഗരം അപ്പൊ മുങ്ങിത്താഴൽ അവിടെ ചേരുമോ ചേരില്ലേ ക്ഷമിക്കണം ഇല്ല പ്രഭു എന്ത് അർത്ഥശങ്കയുണ്ടെങ്കിലും അത് എന്റെ ഈ വീടിൽ മുങ്ങിപ്പോവില്ലേ അങ്ങനെയാണെങ്കിൽ അത് അത് മാത്രം ഒരു നൂറ്റിയൊന്ന് തവണ എഴുതിയാൽ മതിയല്ലോ അതെ അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും ഒരാൾ തന്റെ പേർ വിളിക്കുന്നത് സ്വതവേ ഇഷ്ടമാവും ഏത് യുവതിക്കും എന്ന് തോന്നുന്നു അതല്ലേ നിന്റെ പേര് നീ ഒരു യുവതിയാണെന്ന് സങ്കല്പിക്കൂ എന്താണ് നിനക്കൊരു പുതിയ പേര് തരിക ഞാൻ വല്ലത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടോ നിനക്കിഷ്ടമുള്ള എനിക്ക് എതിരെ നിൽക്കും മുഖാമുഖം നോക്കി ഇങ്ങനെ ഇനി ഞാൻ വിളിച്ചു നോക്കാം നീ അല്ലേ പറഞ്ഞത് ഏത് യുവതിക്കും പേര് വിളിക്കുന്നത് ഇഷ്ടമാണെന്ന് ം വിറയ്ക്കുന്നു ഞാൻ ഇപ്പൊ കുഴഞ്ഞു വീഴും ശരി ഇനി പോയി അവളോട് എല്ലാം സംസാരിച്ച് അവളെ കൊണ്ട് എനിക്കൊരു പ്രേമലേഖനം എഴുതിക്കെ അതാണ് എളുപ്പം വേഗമാവട്ടെ പ്രണയിക്കുന്നവർക്ക് ക്ഷമയില്ല ആ പോ ും കാണണ്ടേ നമുക്ക് അതുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ടൈം ട്രാവൽ ചെയ്യാമെന്ന് വെച്ചത് എന്നാലും പാവം വയള ഈ വിധയോടാണോ അവൾക്ക് പ്രേമം എനിക്ക് പക്ഷേ അയാൾ എന്റെ പേര് വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ജൂലിയറ്റ് അതുകൊണ്ട് വേര് പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല മറ്റൊന്ന് ശ്രദ്ധിച്ചു ഞാൻ ഒഫീഡിയ മന്ത്രിക്കുമ്പോൾ നിനക്ക് വിൽക്കില്ല സത്യം ഹാ വേരി ചാടാൻ നമുക്കിനി അങ്ങോട്ട് വയള പോയല്ലോ അവളെ സ്നേഹിക്കുന്ന സുന്ദരിയെ കാണാൻ ഓ എന്ത് കുടിയാണ് എനിക്കെന്നും അറിയാമോ ജൂലിയറ്റ് എങ്ങനെയാണ് ഇല്ല മാം അദ്ദേഹം കുറെ ശ്രമിച്ചു എന്ന് എഴുതാൻ പിന്നെ അത് അവാച്യം അസാധ്യമൊക്കെയാണെന്ന് മനസ്സിലായി എന്നാലും എന്നെ പറഞ്ഞയച്ചു അത് അറിയിക്കാൻ ഏൽപ്പിച്ചു പുതുതായി ഒന്നും പറയാനില്ലല്ലോ വിദ്വാന് ഏതാനും വരികൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവ അങ്ങോട്ട് പകർന്നു തരണമെന്ന് പറഞ്ഞു ശബ്ദത്തിലല്ലേ ശരി കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കഴിക്കട്ടെ ഞാൻ മാം പറയൂ ഞാൻ ഈ ശബ്ദം ഈ ശബ്ദത്തിൽ കേൾക്കാം അയ്യേ അതെന്തൊരു ശബ്ദമാണ് അവൾക്കെന്താണ് സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചാൽ വീണ്ടാതെ അവരെ ശ്രദ്ധിക്കു ഓ ആൺവേഷം കിട്ടിയിരിക്കുകയാണ് അവളെന്നത് എപ്പോഴും മറക്കും ഞാൻ ഓ ലിവ്യ എന്റെ ഇതിനുള്ള മറുപടി എഴുതി വാങ്ങിവരണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട് ഇതിനെന്ത് മറുപടി എന്നാണെന്ന് പറഞ്ഞാൽ മാം വിശ്വസിക്കില്ലല്ലോ അപ്പോ ശരി ഞാൻ സിസ്സേറിയോ തന്നെ ഉടനെ തിരിച്ചു പോകണം എന്നുണ്ടോ അദ്ദേഹം കാത്തിരിക്കുന്നു അവിടെ അക്ഷമനായി ഞാൻ മറുപടി വരാൻ വൈകി എന്ന് പറഞ്ഞോളൂ മാം ഞാനൊരു ദൂതൻ മാത്രമാണ് ശരി ആ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതിൽ വിരോധമില്ലല്ലോ ഓ നല്ല ഡാർക്ക് ചോക്ലേറ്റ് തരാം ഞാൻ പോരെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച പുതിയ കോക്ടൈൽ ഉണ്ട് ഒളി സീക്രട്ട് അതും തരാമെന്ന് ബഹുമാന്യനായി അദ്ദേഹം കാത്തിരിക്കുന്നു മാം ബ്രന്ധി പിടിക്കാതെ ഇനിയും പിടിച്ചാലേ അയ്യോ ഇതെന്താണ് മാം അയ്യേ എന്നെ സ്പർശിക്കുന്നു അച്ഛനൊന്നും മയക്കി കിടത്തിയിട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ ഇത് മിസ് ചെയ്യുമെന്ന് തന്നെ പേടിച്ചു ചാർജ് കളിയാറായി തിരിച്ചു പോവണ്ടേ കുറെ നേരമായി വെറ്റിറ്റ കൊടിലിയ കുറച്ചു നേരം കുറച്ചൊക്കെ കണ്ടു ഞാൻ എന്നാലും ആണും പെണ്ണും കളിക്കാൻ ഓരോരുത്തർക്കിടുന്ന പാടെ തിരിച്ചു പോകുന്ന വഴി എനിക്കൊരു തെക്കില ഷോട്ട് വേണം ആ മൂവിയിലേ അതുവഴി പോവാം ണോ കോടിയിലെ അതാണോ കഴിക്കുക എനിക്കൊരു സെറ്റില എനിക്കൊരു ഭാഗം തിന്നാനുള്ള വിശപ്പുണ്ട് വാ വാ പോവാം സോണിലഖി എന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് എല്ലാവരുടെയും വിചാരം വാസ്തവമാണ് നല്ല വരികൾ എഴുതിത്തരും കവി എന്നാൽ ഒറ്റയ്ക്ക് വേണം ശൂന്യതയിൽ നിന്നുകൊണ്ട് അനന്തതയിലേക്കും അപാരതയിലേക്കും മാറി നോക്കിക്കൊണ്ട് ഒരാൾ ആ വരികൾ ഉരുവിടേണ്ടിയിരിക്കുന്നു മാത്രമല്ല രംഗത്തേക്ക് മറ്റാരും വരുന്നില്ല എന്നും തീർച്ചയാകണം അധികം കാലം അമ്മിയപ്പാൽ കുടിച്ചതാവാം എന്റെയും കുഴപ്പം പക്ഷേ സ്ത്രീയെ അങ്കുശമില്ലാത്ത ചാബല്യമേ ഈ മാംസമുണ്ടല്ലോ അതെല്ലാം ചീഞ്ഞളിയുന്നതത്ര ക്ഷണികം ക്ഷണഭംഗുരം ആരോ വരുന്നു ഈ വഴിയെ ഞാൻ ശ്രദ്ധിക്കാം സൂക്ഷിച്ചാൽ മതി ഇങ്ങോട്ടുള്ള പടികൾ കയറുകയാണെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കാം ഞാൻ ആരാണെന്നോ ആരാണ് നിങ്ങൾ എഴുതുന്നവരാണ് രാജകുമാരന് ഇവിടെ എന്താണ് കാര്യം അവസാനം എല്ലാവരും മരിച്ചു തീരുമ്പോഴല്ലേ നിങ്ങൾ വരേണ്ടത് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് റോസൺ കാൺസ് ആൻഡ് മുതിർന്ന് മധ്യവസ്കായതുപോലെയുണ്ടല്ലോ നിങ്ങൾ കാണാൻ ഈ പറഞ്ഞവരെയെല്ലാം സൃഷ്ടിച്ചവരാണ് ഞങ്ങൾ അടക്കം മനസ്സിലായി ഒരു രാജകുമാരനെ നീ എന്ന് വിളിക്കാൻ ധൈര്യമുള്ളവർ ആവട്ടെ എന്താണ് നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ എതിർപ്പ് നീ ഇപ്പോൾ എന്തിനു വന്നു നിൽക്കുന്നു അവസാനം ഒന്ന് പ്രത്യക്ഷപ്പെടുകയില്ലേ വേണ്ടു നീ ശരിയല്ല നീ എല്ലാം തെറ്റിക്കുന്നു നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അത് തന്നെയാണ് സംഗതി എനിക്ക് നാടകത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് കണ്ട് ഹാംലറ്റ് വിളിച്ചു കൂടെ കൊണ്ടുവന്നതാണ് എന്റെ ഇങ്ങോട്ട് അത് കൗതുകമായിരിക്കുന്നു ശരിക്കും നിന്റെ ശത്രുവല്ലേ ഹാംലറ്റ് എല്ലാവരും മരിച്ചു വീഴുമ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശങ്കയിൽ കുടുങ്ങി ഹാംലറ്റ് രാജകുമാരനും മരിച്ചു വീഴുമ്പോൾ അവിടെ വന്ന് രാജാവായി തീരേണ്ട ആളല്ലേ നീ അങ്ങനെയുള്ള ആൾ എങ്ങനെ ശത്രുവിന്റെ ശിങ്കിരിയായി നിൽക്കുന്നു നോക്കൂ ഞാൻ ശിങ്കിരി എനിക്ക് തൽക്കാലമൊന്നും ചെയ്യാനില്ലാത്തതിനാൽ ഞാനിവിടെ അയാളുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം സമയമാകുമ്പോൾ അയാളെ കുത്തിക്കൊള്ളാൻ ഞാൻ എപ്പോഴെ തയ്യാർ ചരിത്രം ചാണകമാണ് ഏയ് നിന്റെ അച്ഛൻ ഹോട്ടൽ ബാസ് ഇവന്റെ അച്ഛൻ ഹാമല ഇപ്പോ എന്നിവർ ഒരു പന്തയും വെച്ചു അതിൽ തോറ്റതുകൊണ്ട് നിന്റെ അച്ഛന് രാജ്യത്തിന്റെ ഒരു പ്രവിശ്യ നഷ്ടമായി അത് വീണ്ടെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശവുമായി ജീവിക്കുന്ന ഒരാളായി മാത്രമേ നിന്നെ എല്ലാവരും കാണുന്നുള്ളൂ അല്ലല്ലോ അച്ഛൻ എനിക്കും ഒരു പ്രശ്നമാണ് അതിപ്പോൾ ലേറ്റസ്റ്റ് എന്ന കഥാപാത്രത്തിനും അതങ്ങനെയാവാം പക്ഷെ ഞാൻ മാത്രമേ ഉണർന്ന് എന്തെങ്കിലും ചെയ്ത് ഒരു വിജയി ഒക്കെ ആവുന്നുള്ളൂ ക്രിസ് ഇവനെല്ലാം അറിയാം ആവശ്യത്തിലധികം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ആരുടെ കാര്യമാണെന്നോ അതിൽ ലോർക്കെരൂദ ചെറിമരം വസന്തം എന്നെല്ലാം പൈങ്കിളി എഴുതി പ്രസിദ്ധനായ തട്ടിയൻ ഇഷ്ടമല്ല അയാളെ അല്ലെ അതല്ല പിള്ള സെക്രട്ടറി ആയിരുന്നല്ലോ ലോർക്ക നെരൂത് ഏതെങ്കിലും മേൽക്കൂരയിൽ ഓരോ പെണ്ണിനെയും പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ കാവൽ നിൽക്കും ലോർക്ക അതാണ് ഇവൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓർത്തൽ ശരിയാണ് ലോർക്ക പോലെ തന്നെ ഇവന്റെ ശത്രുവാണ് ഹാംലറ്റ് തുല്യനും എന്നിട്ടും അവന് സോളിലേക്ക് ചെയ്യാൻ കാവൽ നിൽക്കുന്നു കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്വയം ഓരോ തീരുമാനങ്ങൾ എടുത്തു ബുദ്ധിമുട്ടാവുമല്ലോ ബെൽ ചരിത്രത്തിന് വിഷമമാവും പിന്നെ കാവ്യനീതി എന്നൊന്നില്ലേ അതിനും സങ്കടമാവില്ലേസ് ഈ ചർച്ച നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ചെയ്യാവുന്നതേയുള്ളൂ അങ്കിൾ എന്ന് വേണ്ട പ്രോട്ടീൻ നിങ്ങളെ നീ എന്ന് വിളിച്ചതുകൊണ്ടാണത് ഏത് കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ ഓതറിയണമെന്നില്ല എന്നറിയില്ലേ എന്നെ പോയ ആദരമെല്ലാം കർത്താവ് കളിക്കല്ലേ കേട്ടോ എഴുത്തുക ഒന്ന് മാർലോൺ ഷേക്സ്പിയർ നിങ്ങളെ പറ്റിയുള്ള കഥകൾ കേട്ട് മാത്തിയായി നിങ്ങൾ രണ്ടാളും ഒന്നാണോ അതോ ബില്ലാൻ ക്രിസ് രണ്ടാളുണ്ടോ എന്നൊക്കെ നോക്കൂ വേറെ പണിയുണ്ട് നമുക്ക് പോകാൻ ഇവിടെ നമ്മുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു എന്നാൽ ഇവരെ ആ ഓഫേലിയ അവളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ ഇവിടെ ഒരു ഫീമെയിൽ ആണോ ഗേ എന്ന് പറഞ്ഞപ്പോഴാണോ ഓർമ്മ ഹോ അടുത്ത് കോപ്പി റൈറ്റ് കഴിഞ്ഞല്ലോ എന്താണ് എഴുതാനാണോ ഒരു നാടകം പക്ഷേ സുന്ദരിമാരില്ലാതെ വേണോ അങ്ങനെയൊന്ന് നിങ്ങൾക്ക് ബോണ്ട് ഉള്ള നാടകം എഴുതാനായിരിക്കും താല്പര്യം അല്ലെ മൂർഷിയില്ല എന്തായാലും പെണ്ണുങ്ങൾ ഉണ്ടാവണം നിറയെ എനിക്കും തോന്നാറുണ്ട് നമ്മൾ ആണുങ്ങളെ ഒന്നിനും കൊള്ളില്ല പെണ്ണുങ്ങൾ തന്നെയാണ് കേൾക്കാം നമുക്ക് ഈ രംഗം ഇവിടെ സുന്ദരിമാരില്ലാതെ എന്തു നാടകം മായിൽഡൻസ്റ്റൻ ആണോ നമ്മൾ അവസാനം ആൻഡ് ഹാരി അല്ല തീർച്ചയായും ഇത് കണക്കിന് നോക്കിയാലും വളരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് മാനസികമായാലും ശാരീരികമായ ആയാലും ഹംറ്റി ഡംറ്റി ആയിരിക്കുക എന്നും അതല്ലേ രസം ഹംറ്റി ഡം രണ്ടാളല്ലോ ഒറ്റ ഒരാളല്ലേ എന്നാൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്റെ ശവത്തിലാരും വീണ്ടും വാഴ്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു അത് ഹാംലറ്റ് തന്നെയായിരിക്കും അല്ലേ എന്റെ ശവം എന്ന് പറയില്ലാരും ശരി എന്റെ ശരീരം നാശം വൃത്തികെട്ട എന്റെ ഈ ശരീരം അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരവും ഞാൻ കൊടിലിയ ആയിരുന്നു അനാഹ്ലാദ കുസുമമായി മരിച്ചവൾ ഇതെന്താണ് ശവശരീരങ്ങളുടെ സമ്മേളനമാണോ ഇവിടെ നിങ്ങളൊക്കെ ഞാൻ മരിക്കണമല്ലോ ജൂലിയറ്റ് നല്ലവരായാലും കൊല്ലപ്പെടാം എന്നും തെളിയിക്കണ്ടേ എന്റെ ചേച്ചിമാരല്ലേ ദുഷ്ടകൾ അതിലൊരാൾ മറ്റേ രണ്ടാൾക്കും വിഷം കൊടുത്തിട്ട് സ്വയം കുത്തിക്കൊന്നു അച്ഛനോടും എന്നോടും സൂക്ഷിച്ചിരിക്കണമെന്ന് താക്കീത് തരാൻ ഒരാൾ ആരോ ഒരാൾ വന്നപ്പോഴുണ്ട് എന്റെ ശവവും എന്തിക്കൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നു കിങ് ലായർ നിൽക്കണേ ഓരോ എഡിഷൻ ഓരോ തരത്തിലാണ് പറയുക ഒന്നിൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് എന്റെ ഹൃദയം തകർന്ന് മരിക്കുകയാണ് ഒന്നിലിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എന്തായാലും മരിക്കുമെന്ന് തീർച്ചയാണ് എല്ലാവരും അല്ലെ സംശയം വേണ്ട ട്രാജഡീസ് അല്ലേ എല്ലാവരും ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കും പറയാൻ മറന്നു ഞാൻ സിൽവിയ അല്ല അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ പക്ഷെ അച്ഛൻ നിർബന്ധിച്ചിട്ടും ആ സ്നേഹം ഒരു കണക്കിൽ ഒതുക്കാൻ കൂട്ടാക്കിയില്ല ഏറ്റവും സ്നേഹിച്ചു എങ്ങും പോവാതെ അച്ഛന് നോക്കുകയും ചെയ്തു എന്നിട്ടും ആവട്ടെ ഡസ്റ്റ് മോണ ആര് കൊന്നു ഈ സുന്ദരിയെ ഓ എന്റെ അറിയിലേക്ക് വന്നു ഓ എനിക്കൊരു അന്ത്യ എന്നെ കൊല്ലുന്നത് എന്തിനാണെന്ന് പേടിച്ചാറുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓ വഞ്ചിച്ചതിനാണെന്ന് പറഞ്ഞു ഓ എന്നാണോ വിളിച്ചിരുന്നത് എന്ത് സൗകര്യമാണല്ലേ ഇപ്പോൾ ഓർത്ത് നോക്കുമ്പോൾ എല്ലാം തമാശ പോലെ തോന്നും എന്നിട്ടോ ഉടനെ അങ്ങോട്ട് കൊന്നോ ഓ പെട്ടെന്ന് കൊന്നു വഞ്ചിച്ചതിനുള്ള ശിക്ഷയാണത്ര തെളിവായി ഒരു തൂവാലുണ്ടെന്നും ഓ പറയുന്നത് കേട്ടു എന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി ഓ എന്നെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും േ രാം ഞാൻ ആദ്യമേ മരിക്കാനിരുന്നതാണ് കപ്പൽ ചേതത്തിൽപ്പെട്ട് പക്ഷെ കരക്കടിഞ്ഞ് രക്ഷപ്പെടും ഈ കപ്പൽ ചേതം ഒരു സ്ഥിരം തീമാണല്ലേ ഞാൻ എന്തിനാണ് ക്രോസ് ഡ്രസ് ചെയ്ത് നടന്നതെന്ന് ഇപ്പോഴും നീ കൂടെ തന്നെ എന്റെ ആങ്ങളയുടെ ജീൻസ് ടീസ് ബ്ലേസേഴ്സ് ക്യാപ്സ് എല്ലാമാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാലും കുറച്ച് വിഷമമാണേ പ്രച്ഛന്ന വേഷം അതോ ഇത്ര കാലം ഇത്തിരി പ്രംപല്ലേ ഞാൻ അല്ലെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നെ പോലെ സ്ലിം ആയിരുന്നു പക്ഷെ എന്നാലും ഒസീനോ എന്ന പെൺകോം തന്നെ ഞാൻ പ്രേമിച്ചു പോയത് എന്തിനാണെന്നുള്ളതിനുള്ള കാരണവും ഞാൻ തന്നെ കണ്ടെത്തണം നമ്മൾ മാത്രമല്ല പൊതുവെല്ലാവരും ചാവുന്നുണ്ട് എമീലിയ കഥ പരസ്യമാക്കിയതിന് ഇയാഗോ അവളെ കൊല്ലുന്നു എന്റെ അക്ഷയം മരിക്കുന്നു അതിനിടയിൽ ഇയാഗോ എത്ര ചതിയനാണെന്ന് മനസ്സിലാക്കി ഓ ഒഥലോ അയാളെ കൊല്ലുന്നു പിന്നെ സ്വയം കുത്തുന്നു നിന്റെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ പറയാം വയള നീ ശരിക്കും ഹെക്ട്രോ സെക്ഷൽ ആണ് എന്ന് സ്ഥാപിക്കാനാവും അതായത് അതാണ് ശരി എന്നും നീ ആരെങ്കിലും ഒരു ആണിനെ പ്രേമിക്കുന്നതായി ചിത്രീകരിക്കണ്ടേ അതെ പക്ഷെ ആരെ അപ്പോ നോക്കുമ്പോൾ അതാ നിൽക്കുന്നു കവിതയും എഴുതും പോരെങ്കിൽ ട്രാജഡി അല്ലാത്തതിനാൽ കൊന്നില്ലായിരുന്നു പക്ഷേ എന്നാലും അവസാനം മരണം തന്നെയല്ലേ രസികൻ പ്രണയകഥയാണെങ്കിലും ഞങ്ങൾ രണ്ടാളും വാവിട്ട് നടപടിച്ചിട്ടാവുകയല്ലേ ഞാനൊന്ന് മയങ്ങിപ്പോയതായിരുന്നു വാസ്തവത്തിൽ ഉറങ്ങുന്ന സുന്ദരി ഉറക്കം തോങ്ങി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നോ എപ്പോഴും എന്നെ എന്നാൽ അവന് ഒന്നും നോക്കാമായിരുന്നില്ലേ ഉറങ്ങു തന്നെയായിരുന്നു എന്ന് കുട്ടി ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് മരിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ചു റോമിയോ എന്നാണോ പറയുന്നത് എന്തൊരു ഭാഗ്യവതി എപ്പോഴും ഉറങ്ങാ ഇങ്ങനെ നാടകത്തിനിടയിൽ അതെ നളചരിത്രത്തിലുണ്ട് ഇങ്ങനെ കഥകളിൽ എത്രാം ദിവസമാണെന്ന് ഓർമ്മയില്ല ധനയന്തിക്ക് ഉറങ്ങാനുണ്ട് ആട്ടക്കഥയിൽ ആ ഭാഗം വരിക പുലരാറാവുമ്പോഴാണ് എന്നിട്ട് അത് അഭിനയിക്കുന്ന നടൻ ശരിക്കും മുറങ്ങി പോവും നടനോ അതെ അധികവും ആണുങ്ങൾ തന്നെയല്ലേ ദമേന്തിയായി വേഷം എന്ത് ക്രോസ് ഡ്രസ്സിംഗ് വർത്തമാനം വന്നാലും അവിടെ വയളയുണ്ട് അല്ലെ എക്സ്പേർട്ട് എന്ത് ട്രാൻസാക്ഷൽ വിഷയം വന്നാലും അതെ അല്ലെ വയള എന്നിട്ട് എന്നിട്ട് അവൻ വിചാരിക്കുകയാണ് തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ മരിച്ചു എന്ന് എന്നിട്ട് എന്നിട്ട് വിഷം കുടിക്കുന്നു അവൻ ഞാനവിടെ കഴിക്കാനായി വെച്ചിരുന്ന വിഷം ചഷകം അവന്റെ ചുള്ളിൽ നിന്ന് മരിക്കാൻ വേണ്ടത്ര വിഷം കിട്ടില്ല എന്ന് തീർച്ചയായപ്പോൾ നീ അവന്റെ കഥാരി വലിച്ചൂരിയെടുത്ത് അതുകൊണ്ട് അല്ലേ ദുരന്തമായി ഹാംലറ്റ് ഇവർ അന്യം കുത്തിക്കൊല്ലുന്നു വാൾ തുമ്പിൽ വിഷം കുത്തുകൊണ്ട് കുറച്ചു കഴിഞ്ഞാണ് ഹാംലെറ്റ് മരിച്ചു വീഴുക അതിനിടയിൽ ഹണവരൊക്കെ വെട്ടിക്കൊണ്ടിരിക്കും ഹാംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാവും അദ്ദേഹം ഒരുക്കിവെച്ച വിഷം ഞാനെടുത്ത് കുടിക്കുന്നു ചാവുന്നു ഞാൻ അമ്മ മരിച്ചു വീഴുന്നത് കണ്ട് ഹാംലെറ്റ് ഉടനെ രാജാവിനെ വെടിവെക്കുന്നു അവന് അവസരം കിട്ടുന്നില്ല രാജാവിനെയോ രാജകുമാരനെയോ കൊല്ലാൻ അവനറിയാതെ സ്വയം കുത്തി കൊല്ലുന്നു ആളുകൾ തമ്മിൽ തമ്മിൽ കുത്തിക്കൊന്ന് കളിക്കുന്നതിനിടയിൽ തണ്ടെത്താൻ വാസ്തവത്തിൽ എന്തൊരു തമാശയാണല്ലേ ഈ ആണുങ്ങളൊക്കെ എത്ര മുതിർന്നാലും കുട്ടികൾ തന്നെയാണ് അല്ലെ കേട്ടിട്ടില്ലേ ആണു കുട്ടികൾ എന്ന് എന്നിട്ട് ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ വേറൊരു ഈ കന്യകാത്തും ചാരിയം ഒക്കെ സൂക്ഷിക്കുന്നത് അയ്യേല്ലേ നമുക്ക് ഒരു രസത്തിനെങ്കിലും കുറെശ് പറ്റിക്കണമായിരുന്നു ഞാൻ അല്ലെ വേറെ ഒരാളോട് ഇഷ്ടം തോന്നുന്നതിനാണല്ലോ ഇവർ വഞ്ചിക്കുക എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു ആരെങ്കിലും നമ്മൾ എല്ലാ സ്മോക്കേഴ്സാണ് തുരു ദുരു തുറുതു ഇപ്പോ ലേഡിക്കല്ലേ അധികം നമ്മളെല്ലാരും പെണ്ണുങ്ങളും ആണല്ലോ ഇവിടെ സോറ പറഞ്ഞു ആണോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് പെണ്ണുങ്ങൾ ആണ് അതെ അതല്ലെങ്കിൽ എന്തിനാണാവോ ശവങ്ങളെങ്ങനെ വേറി എല്ലാ സുന്ദരിമാരുടെയും മാത്രം ശരീരങ്ങൾ ഇവിടെ പെണ്ണുങ്ങളല്ല ഇവിടെ അദ്ദേഹത്തിന് വിത്തരമിക്കില്ല പുള്ളിക്കാർ തീർച്ചയായും അപ്പോൾ മറ്റേ അദ്ദേഹമോ ആദ്യത്തെ എപ്പോഴും അവിടെ ഗതിയിട്ടാതെ പ്രേതമായി അലഞ്ഞു നടക്കുന്നുണ്ടാവും ഇപ്പോഴും പാവം ഇതാണ് പറഞ്ഞത് വഞ്ചിക്കുക തന്നെ വേണം ഈ വിധികളെ എന്നെ പോലെ നഷ്ടബോധം മാറ്റി ഇരിക്കേണ്ടി വരും എന്തായാലും നിങ്ങളെ സമ്മതിച്ചു ഇഷ്ടമുള്ളത് സാധിച്ചെടുത്തല്ലോ കൊച്ചു കള്ളി ഹേ എവ്രി വൺ ഞായും മരിച്ചു ഒളീവിയ മൂത്ത് നിറച്ച് പാഴായ സൗന്ദര്യധാമം ആർക്കും ഗുണമില്ല എന്നെ കൊണ്ട് എന്ന് കേട്ടു കേട്ട് മടുത്ത് സഹിക്കാൻ വയ്യാതെ ജീവിതം കൊടുക്കുകയായിരുന്നു ഞാൻ ഹോ ഒരു ഭയങ്കര സുന്ദരിയായി പോയതിന്റെ പുലേ ഇടയ്ക്ക് ഋതുപന്നൊരാളുടെ മൂവി കണ്ടു ഞാൻ അതിലും ഇത് തന്നെയാണ് പറയുന്നത് അയാൾ സെക്സ് മാറി പെണ്ണാവുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഗുണമാവാൻ വേണ്ടിയാണ് അയ്യയേ അങ്ങനെ മറ്റുള്ളവർക്ക് ഗുണമാവാനാണോ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്നത് ഇത് മാത്രമാണോ ഒരു ഗുണം പറഞ്ഞു പറഞ്ഞൊരു പ്രശ്നം പോലെ ആയിപ്പോയി ക്ഷമിക്കണം കേട്ടോ തോഴിമാരെ ശവങ്ങളെ ശവങ്ങളെ വരുത്തണം ഹലോ ഹലോ ശവങ്ങളെ ജനങ്ങളെ മൃതദേഹങ്ങളെ നമസ്കാരം ഇല്ല ഞാൻ മിച്ചമില്ല ഞാനൊന്നും മരിച്ചിട്ടില്ല പിന്നെ ഞാനാണോ മരിക്കുക നമുക്ക് ഈ നാടകത്തിന്റെ പേർ തന്നെ മാറ്റാം സ്പൂഫ് ആവേണ്ട എന്ന് വിചാരിച്ചാലും ഇപ്പോൾ ഇങ്ങനെയാവൂ അത് വെറുതെ തമ്മിൽ തമ്മിൽ കൊല്ലലുമൊക്കെ അല്ലെ സിൽവിയ ലോകം തന്നെ സ്പൂഫ് നമ്മൾ ഓരോരുത്തരും സ്പൂഫ് വിമാനത്തിൽ വരുമായിരിക്കും ഞാൻ ഗർഭം ധരിച്ചു അതിപ്പോലിയ എന്തായാലും എനിക്ക് മനസ്സിലായി നമ്മുടെ കാര്യം നാം തന്നെ നോക്കണം കോഴസ് വേണമെങ്കിൽ വന്നോട്ടെ ഇവിടേക്ക് അല്ലെ ട്രാജഡി ആവുമ്പോ അത് പതിവില്ലായിരുന്നല്ലോ എനിക്ക് വേണ്ടി മൂപ്പുരഴുതിയ കുറച്ച് പ്രസംഗം ഉണ്ടോ ഫീരിയാ പഠിച്ചോ ഒന്നു പാടും എന്നെ ക്രൂരയാക്കൂ പെണ്ണെന്ന് വികാരം പോകട്ടെ എന്റെ ചോര കട്ടിയാക്കൂ ചൂളി പോലീ ഇത് പറയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് കൊല്ലിക്കാൻ ഞാൻ വേണം പക്ഷെ പിന്നെ അങ്ങോട്ട് പിന്മാറ്റമാണ് ഞാൻ മോഹാലസ്യപ്പെടുന്നു ദുസ്വപ്നം കാണുന്നു പശ്ചാത്താപം കൊണ്ട് കഷ്ടപ്പെടുന്നു എന്തിന് പോലും ഉണ്ട് എനിക്ക് അതെ ഉപേക്ഷിക്കും വളരാൻ സമ്മതിക്കില്ല എന്നാലും ഒരു രാജ്ഞിയോട് എനിക്ക് അസൂയ തോന്നും ക്രിയപേട്ട അവസാനം വരെ അവൾക്ക് യാതൊരു കൂസലുമില്ല കൊല്ലും എന്തും ചെയ്യും സ്വയം കൊല്ലാനും ഒരു മണിയില്ല ഹലോ എനിക്കെന്തായാലും പറയാമോ ണോ പിന്നെ ഫിലോസഫർ എന്നെല്ലാം ചിലർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് നിന്റെ പേരിലല്ലേ ഇഷ്ടംപോലെ റേഡിയോ ഓഫീലിയ പുതുതായി വരുന്ന ഹാംലറ്റ് മൂവി അതിലും നീയാണ് പ്രധാനമെന്ന് കേട്ടു മൂവ്മെന്റ് എന്തിനും ചെയ്യാൻ പറ്റുക അല്ല എന്താണ് നിനക്കതിൽ വിരോധമുണ്ടോ വിധി ഇല്ല അതെന്തിനെ ഇനി ഞാൻ ശ്രദ്ധിക്കണം ഏതായാലും അവസാനത്തെ ചിരി എന്റേതാവില്ല തന്നെ പക്ഷെ എനിക്കങ്ങനെ സങ്കല്പിക്കാമല്ലോ അതെന്റേതാണെന്ന് മിക്കവാറും വിവേരിൽ ഒരാൾ എന്നെ കൊല്ലും എന്നിട്ട് എന്തിനാണ് വെറുതെ എന്നെ കൊന്നതെന്ന് എല്ലാവരും തല പുകഞ്ഞ ആലോചിക്കട്ടെ പഠനം നടത്തട്ടെ ഇതിൽ ആരാണ് കൊല്ലുക എന്നോ ഈ രണ്ടു പെണ്ണുങ്ങളും എന്റെ നോട്ടത്തിൽ ഒരേപോലെ ബിച്ച് തന്നെ ഒരു നിമിഷം ഞാൻ അപ്പുറത്ത് പോയി ഒന്ന് ക്യൂ നിന്നിട്ട് വരാം ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെ എപ്പോഴും പിന്നുള്ള മലയാളമാണോദോഷി അവിടെ നിന്നെ ഞാൻ കൊല്ലണ നീ പത്ത് അറിയുന്നു അൽപട നീ കൊല്ലാൻ അറിയുമോ നിന്റെ ആദ്യത്തെ തർക്കത്തിൽ കേട്ടപ്പ് തോന്നിയതാണ് എനിക്ക് കൊല്ലണമെന്ന് ഇതാ പിടിച്ചോ എനിക്ക് വേണ്ടി അത് ചെയ്തതിന് നന്ദി സിൽവിയ ഞാൻ എന്തായാലും കൊല്ലുമായിരുന്നു ഇപ്പോൾ ഓ കൈ ധരിക്കുന്നുണ്ടായിരുന്നു എന്റെ ഓ ചുഡുചോരയ്ക്കൊരു പ്രത്യേക ഗന്ധമുണ്ടല്ലോ അല്ലേ അതോ എനിക്കും അപ്പം തോന്നുന്നതാണോ ഉണ്ട് ഉഷ്ണരക്തത്തിനുണ്ട് ഞാൻ ഞാൻ പക്ഷെ എന്താണ് പറയുക കോൾഡ് ബ്ലഡാണ് ആരാണ് അല്ലാത്തത് ഇടയ്ക്ക് പെട്ടെന്ന് കാണാതായല്ലോ ലൂ പോയോ ഇരുട്ടിലേക്ക് മാറി ഞാൻ എന്റെ കത്തിക്ക് മൂർച്ചു കൊടുക്കുകയായിരുന്നു നന്നായി തട്ടിയെടുക്കുമായിരുന്നു അവൻ ടൈറ്റിൽ അതെ പലരും അവനെ വിശേഷ ബുദ്ധി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരുന്നു അവസാനം നമ്മൾ അവശേഷിച്ചിരിക്കുന്നു ചിരിക്കുന്നു അതെ നമുക്കിടയിലാണിനി അംഗം എന്നാൽ ഇനി വൈകണ്ട കൊല്ലു തന്നെ ഞാൻ പോകൾ നീയാണോ ഫീലിയ ഞാൻ മുതിർന്നു അപ്പോൾ അതെന്തായാലും ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല ചിലർ വിചാരിക്കുന്നത് കൊല്ലുന്നത് വലിയ കാര്യമാണെന്നാണ് ആവും നിങ്ങളൊരു സീരിയൽ കില്ലറാണെങ്കിൽ അല്ലാതെ രണ്ടോ മൂന്നോ ആശുക്കളെ കൊന്നിട്ട് എന്താണ് ഇപ്പോൾ ഇവളെന്നെ കൊന്നാലല്ലേ ഞാനൊരു ഉഗ്രൻ കഥാപാത്രമാവുക അല്ലെ എന്താണ് അപകടം ഭയങ്കര അതെന്തിന് അതെ നന്നായി ചൂളം വിളിക്കാൻ അറിയാം എന്നെ കൊന്നാൽ നിനക്കത് എടുക്കാമോ ഫീല തുനിങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ ചാവാൻ പൂച്ച കണ്ണി എന്ത് ചെയ്യാം ഒരു ദുഷ്ടയായി പോയില്ലേ നിങ്ങളൊക്കെ ശിക്ഷ എങ്ങനെ ഇരുന്ന് വാങ്ങുവാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ പ്രകോപിപ്പിക്കാം ശ്രമിച്ചു നോക്കുക എന്തിനു എന്തിനീ ജീവിതം തുടരുന്നു ഓഫീലിയർ ഒന്നിനും കൊള്ളാത്തവളെറ്റ് പോയിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ചുംബിക്കാം നിന്റെ ആ അരിമ്പാഴ കണ്ടാൽ ആർക്ക് തോന്നും നിന്നോട് ഇഷ്ടം വീൽഡറിൽ വെളുത്ത തോല് നിന്റെ മീശയെല്ലാം നീ വടിച്ചു കളഞ്ഞതാണോ ഓഫീലിയാ ഒടിഞ്ഞ കാലുമായി മുടന്തി മുടന്തി എവിടെ എത്തുന്നേ വെള്ളത്തിലൊലിച്ചു പോവാൻ കൂടി കഴിയാത്ത ം എന്നെ അങ്ങനെ വിളിക്കരുത് കൂപമണ്ടൂടം എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ ഇനി ഞാനുണ്ടല്ലോ അസട്ടെ ആഹ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഒരു കുത്തുകൂടി ഓഫിലിയ ഏത് മതിയോ എന്നാലും കൂടി ഇതേപോലെ ചോദിക്കൊണ്ട് ഇങ്ങനെ അട്ടാച്ചിക്കണമെന്നാണ് സി ഓൾ ഹെവൻ സി ഓൾ കംമിൻഡം ആ ശിഷ്യക്കാരനും വീണ്ടും എന്നെ പ്രേമിക്കാൻ ലോകം അവസാനിക്കുക ഒരു സ്ഫോടനം കൊണ്ടല്ലാംലറ്റ് നാടകം സമാപിക്കുന്നു രചനാ സംവിധാനം രവി അവലംബം ിയർ കൃതികൾ ശബ്ദങ്ങൾ ഫിലോസഫർ എന്നതിനുള്ള മലയാളമാണോ വിവരദോഷി വർഷം ഞാൻ പോണു ചോദിച്ചിട്ടാണോ എല്ലാരും മടിക്കിടക്ക് നിന്റെ അച്ഛനെയൊക്കെ ഞാൻ കൊന്നു ആർ താരനാഥ് ആ തടിച്ചീം പറയുന്നു എനിക്ക് ശങ്കയാണെന്ന് എന്ത് ശങ്കിൽ പിടിക്കാതെ ശ്രീജാമോട് എന്തിന് കൊള്ളും പിന്നെ എന്തെങ്കിലും പറ്റുമോ എനിക്ക് ിയർ ഒന്നും എഴുതിയിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു രസം ഉണ്ടായി സഹിക്കാനല്ലേ പറ്റൂ ഒരു ചുംബനം എന്താണെന്ന് കൂടി എനിക്കറിയില്ല കീർത്തി അപ്പയും പ്രാപിക്കുകയോ അതാണോ ഞാൻ വിചാരിച്ചു ഓ ഇന്നലെ ഡൗൺലോഡ് ചെയ്തിരുന്നു ഞാൻ പുതിയൊരു ആപ്പെ ജി ശ്രീറാം അവൻ ഞാൻ ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ ചെവിയിലൊരു മാരക വിഷം ഒഴിക്കുകയായിരുന്നു ക്യാരക്ടറുള്ള യുവ കോമളനല്ലേ ഞാൻ കൃഷ്ണരാജൻ അയ്യോ ഇതെന്താണ് മാം എന്നെ എന്നെ സ്പർശിക്കുന്നു സമയമാവുമ്പോൾ ഞാൻ എപ്പോഴേറിയ പ്രഫുൽ ചന്ദ്രൻ എന്നെ പോയി ആ ആദരവല്ല കർത്താവ് കളിക്കല്ലേ കേട്ടോ എഴുത്തുക അദ്ദേഹത്തിന്റെ വിട്ടു നിൽക്കില്ല പുള്ളിക്കാരൻ വർമ്മ ഒരു സ്ത്രീയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ എന്തൊരു ഉത്സാഹമാണ് എല്ലാവർക്കും ാത്ത ലോകം ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിന്നാലെ വരണ്ട വരണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ എഴുതിട്ടെ ഞാൻ പുതിയ പ്രേമലേഖനം അതെ അവൾ ആരുടേതാണെന്ന് തർക്കങ്ങൾ എടുത്തോളാം സജു നമ്മുടെ രണ്ട് സുന്ദരി കഥാപാത്രങ്ങൾ അടുത്ത മേശയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ അല്ല ശരിയാണില്ല കാണുന്നില്ല അവർ വാ പ്രകാശത്തിലേക്ക് പോവാം നമ്മളെന്തിനൊളിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന രാജാവ് നമ്മൾ അവസാനം കണ്ടിപ്പോൾ അവർ അതീതരായത് കൊണ്ട് മാത്രമല്ലല്ലോ സഹാവേ അവരുടേത് വേറൊരു ലോകമാണ് ഈ ലോകത്തിൽ തന്നെയാണെങ്കിൽ മറ്റൊന്ന് അവതരണം ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്